മുട്ടു എണ്ണം മുട്ടുക ചില മുത്തുകൊണ്ട് ചൂടാകുന്നു ചില മുത്തുകൊണ്ട് തട്ടിലാവുന്നു ചില ചൂട് ചൂടിലാകുന്നു അപ്പൊ പറഞ്ഞു ആ ചെറു തോന്നുന്നു തന്നെ മതിൽ വന്നു തന്നെ ചില നാപം ഒന്ന് തന്നെ എണ്ണ ഒന്ന് തന്നെ കറിവോട്ട് വന്നു തന്നെയായിരിക്കും മറ്റേ കത്ത് വക്കന് ലഫ്റ്റിന്റെ കത്ത് വെച്ചിട്ട് എത്തിലാണെങ്കിൽ അപ്പാ മഹാവിന്റെ അത്ര കമ്മങ്ങളിൽ പോകും അച്ഛനെ വെച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ അക്കെ മതാമേതാ മാത്രം ഈ വണ്ണം ഒരീതിന്റെ മതാവ് ലെഫ്റ്റിന്റെ മൊത്താമോ ഇപ്പം നിൽക്കുന്നത് വീരാളെ ടെസ്റ്റാക്കുമ്പോൾ ഒരാളും വിശ്വാസം ഇല്ല എങ്ങനെ ഏതാണെന്നാൽ വാദമാക്കുന്നില്ലേ അതനുസരിച്ചല്ലേ കൊടുക്കലില്ല ഇതുപോലെ ഓ ഇത്തിനുമ്പോൾ കിട്ടിയ ഇവ ലെഫ്റ്റിന്റെ മതാവിൽ ഉണ്ട് ഒരാളെന്താണ് നല്ലോണം അക്കലിന്റെ നോക്കാമിലേക്ക് വേണമെങ്കിൽ ലെഫ്റ്റിന്റെ ദൂർത്തില്ല അറ്റലിലേക്ക് തയ്ക്കണം മറ്റാവിലും അയുന്നില്ല ഇവരെ അവിടുത്തേക്ക് കൂട്ടാമതി കമ്പിലേക്ക് കൂട്ടാമതി ആ ബോഴിലേക്ക് വിടണം ബോഴി പറഞ്ഞു അസത്തിലേക്ക് വേണം ആർക്കും കപ്പിലും ഗിലാസിലൊക്കെ വാങ്ങി വരുന്നുണ്ട് എഴുപത്തൊന്നും ഇരിക്കും മാറ്റം വരും എഴുപത്തൊന്ന് എല്ലാ ആളും ഐറ്റി മാറിയ മാറ്റം ചിലപ്പോ അമ്മ എന്ന് പറയുന്ന അഭ്യർത്ഥന എന്താ ചിലപ്പോ സിപാർ തമ്മിൽ പോലും കൂട്ടിപ്പിടിച്ചവരേക്കും മഴ പിടിക്കുന്നുണ്ടാവില്ല ചിലപ്പോ അമ്മയെ കൂട്ടി കൂട്ടിപ്പിടിച്ചിട്ടായിരിക്കും അമ്മ നടക്കുമ്പോൾ തനിച്ചതാകുന്ന ആ അമ്മ എന്ന ഇസ്മു എന്ന് വിളിക്കപ്പെടുന്ന മുസ്തമ്മനാണ് ഏറ്റവും പറയുന്നുണ്ടാക്കി വസ്തുദാസിലന്ന വസ്തുദാസിനെ ഉണ്ടാവുള്ളൂ ഇതുമാർ സത്യേന മാത്രം قصدي جيرين ونذلك الوطني الصبر مايدي صار اعتبار ونلرياضه الله الله الله ينعمه تمام الله هو ونقوله وقتي هو نجدند ونجيمار ونبكي يعني جيرين بمكتبنا نرا بطونه لا ونبكي من جماه او بشيكون അതിന് ലക്ഷനുള്ള വിശേഷം എന്താ പറഞ്ഞു എല്ലാ വസ്തുക്കളെയും നല്ല ഇൽമിത്രോടുകൂടി എല്ലാവരും ഉള്ളത് പോലെ മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രഹണശക്തി ഏത് കാലത്ത് ബദനുമായി ബന്ധപ്പെടുന്ന മുമ്പ് തന്നെ കൊലം തത് എന്നാവും എന്നാ ഇപ്പം എന്താ അത് ബദനുമായിട്ട് വന്നപ്പോൾ കണ്ട് തേഞ്ഞ് വാഞ്ഞു പോയതാണ് അത് അറകേനുള്ളിലുണ്ടാവും മുമ്പ് പറഞ്ഞില്ലേ അതിന്റെ മീറ്റാത്തിന്റെയും കാലത്ത് അരസ്തം പിറോപ്പിക്കു ഉള്ളി നട്ടിട്ടുണ്ട് അത് തേഞ്ഞ് വാഞ്ഞു പോയിട്ട് കാണാത്തത് അത് പുറത്തെടുക്കുമോ പൈ തെളിഞ്ഞു വരും തടസ്സം കിടക്കുക ദൂരീകരിക്കുമോ തെളിഞ്ഞു വരുത്താം അപ്പൊ അത് തടസ്സമേത പറഞ്ഞത് ശരീരം മറ്റൊന്ന് നിസഹായ ലപ്സുകൾ അമ്മറത്ത് ലവമത്ത് പോകാത്തത് ശൈത്വാനി ദുഞ്ഞാവ് കൂട്ടുകെട്ടെങ്കിൽ നാല് കാര്യമുണ്ട് അതിന്റെ മുമ്പും പറയും സാറേ ദൈറ്റല് മുഴുവൻ എണിയില്ല കാര്യമായ മൂന്നേ എണ്ണിയില്ല എല്ലി ലോ അപ്പോൾ ഈ നഫ്സ് എന്ന് പറഞ്ഞതിന് ഇവിടെ നെഫ്സ് എന്ന് പറഞ്ഞ വർത്തവ ഇപ്പൊ ഏതാ പറഞ്ഞത് ശരീരമായി ബന്ധപ്പെട്ട് ഇങ്ങനെ താഴ്ന്ന വർത്തവ്യയിലേക്ക് ചേർത്തിട്ടാണ് എന്തിന്റെ പേര് നബ്സ് അതുന്നതമായ മേല തിരക്കേക്കുള്ള വർത്തകയിലേക്ക് ചേർത്താൻ പേരെന്താസ് റൂന്നായി അപ്പൊ ഇടയിൽ മൂന്നോ ഞാൻ ഉണ്ടായി ഇടയിൽ മൂന്നോ വർത്തവുണ്ട് കൽബും അക്കിലും കൽബും ഊഹണം വിധങ്ങളായ അവസ്ഥയിൽ പേരുമാറ്റം വന്നു കൊടുക്കുക ഓരോ സാധനം ഇപ്പം നമ്മോ ഒരു നത്തുപൊത്ത് ഗർഭാശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ പേരെന്താണ് ആദ്യം നെത്തുപൊത്ത് പേര് പറഞ്ഞു നാപ്പം കഴിയുമ്പോൾ അതേ സാധനം തന്നെയാണല്ലോ നമ്മെന്താ അലക്കത്ത് എന്നുള്ള പേര് വന്നത് കുറച്ചും അതേപേരന്താണ് മുതുകൊത്തു നിന്ന് പേര് പറയുന്നു ഇതേപോലെ തന്നെ ഭാഗ്യത്തിൽ പല ആ രീതി ഒപ്പ് കൊണ്ടുപോയി അലക്കത്ത് മുതക്കൊത്ത് നമ്മളെ അസിബീഹാൽപ്പിച്ച് ആദ്യം വന്ന ഇത് ഇത് നിത്തുപൊത്താന്ന് വിചാരിച്ചോ ഇത് അലക്കത്താന്ന് ഇവിടെ ആ തലമാറി വരുന്നത് അവിടെ നിന്ന് ഉണ്ടാക്കി ശരീരത്തിന്റെ രൂപം കൊണ്ടു പിന്നെ റോഹഊതി ആ റോഹ വന്ന അവസരത്തിൽ ഒരു കാമിദ്ര കൊണ്ടുകൂടി വന്നില്ലേ അത് ആഹാരത്തിലാണുണ്ടാക്കുന്നത് പ്രത്യേകം ആ നപ്പഹാർത്ഥം ആ റോഹം ഏർപ്പെടുന്നത് അതിലൊന്നില്ല ചാക്കുറ്റിയേറ്റ് പോക്കല്ലേ സേത് മൂർത്തിയാക്കാണ്ട് ചാക്കുറ്റിയെ പോകല്ലോ വായുത്തിനല്ല കശ്മിയൊക്കെ ഓപ്പറോ തന്നെ നല്ല ഇനി പെച്ചിരി വിസാരന്റെ മനസ്സിൽ പോകുമ്പോ എന്ന് ഞാനിത് ആ പുറയുന്നത് മുന്നോട്ട് പോലെ ഉച്ചറങ്ങി പോകുന്നു അല്ല ഈ ചോദ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാ തോന്നുന്നു നിങ്ങൾ ആ പ്രചരണാർത്ഥം വിടുക ഓരോ സ്ഥലത്തേക്കും ചെലവഴല്ല പ്രചരണം അത് സിംഗപ്പൂരിൽ യാത്ര ചെയ്താൽ ആകെന്താ യാത്ര നിങ്ങൾ നന്നായി ജീവിക്കണം എന്ന് പറയല്ലോ അല്ല ചേരുന്ന കുടിക്ക എന്താണ് പ്രസംഗം പറയട്ടെ ശേഷന് കുളിക്കാൻ പറയാണെങ്കിൽ ഇത്തരത്തോളം ആരൊന്നും ആവശ്യം തോന്നുന്നില്ല ഇത്തിപ്പന അതും പറയുന്നു പിന്നെ അനാത്തി അല്ലെങ്കിൽ മനസ്സിലായി അഞ്ചു പേരും പറഞ്ഞു മനസ്സിലായില്ല അത് റെസ്പിച്ചി അപ്പൊ എന്താക്കും ഇവിടെ നിന്ന് ഈ ഷോക്കിംഗ് വന്നു കഴിഞ്ഞാൽ വധയിൽ വെച്ചുകൊണ്ട് റഫസ് ഉണ്ടായി തീരുകൊണ്ടാവാർന്നു കൂട്ടുകാർക്ക് കുറച്ച് മതി ആ മറ്റേ കൂട്ടുകാട്ടല്ലേ പറയുന്നു അത് നമ്മൾ ബദനുകളാണ് അതിനെ തടയുന്നത് എന്ന് പറഞ്ഞു ഇത് നോന്നി അത് പറഞ്ഞിട്ട് അതിന്റെ ഒറിജിനെ തറവാട്ടിലേക്ക് മടങ്ങണല്ലോ അതിന് അത് പിടിച്ചെടുക്കാൻ തടയുന്നത് ഇവിടെ ശരീരം പിടിച്ചിട്ട് രക്ഷ നിറത്തിൽ പോകാല്ല അവിടെ തറസ്റ്റ് ചെയ്തു അതാ നീ വഴിച്ചാൻ ഇന്നുഹാമിനു അത് തിരിയും പോലെ വായിച്ചോ ഇന്നുഹാമിനുഹോഹിനെ അതിന്റെ അതിലേക്ക് മടങ്ങലിനത്തോട്ട് തടയുന്നത് എന്തോ മടങ്ങിട്ടുണ്ടാവണം പത്ത കൂനയും ശിജുകൻ ദർവാത്താൽ അതിന് മുമ്പ് അതിനൊരു പണ്ടു പഴയ ഹാലായിരുന്നു അല്ലാമത്തും ധർമ്മത്തുല്ലഷ്യ എല്ലാ കാര്യങ്ങളെയും ശരിക്കാതുള്ളതുപോലെ ഉൾക്കൊള്ളുന്ന കാര്യം ഇത് കരസ്ഥമാക്കുന്ന ഒരവസ്ഥയായിരുന്നു അത് പണ്ടുണ്ടായിരുന്നു അതിപ്പോ ഈ നാട്ടിലേക്ക് വന്നപ്പോഴെല്ലാം മുടങ്ങി പഴയ ആഴത്തിലേക്ക് മടങ്ങി മടങ്ങിയിട്ട് ഇത് വീണ്ടും അത്തേക്കുന്ന ആളുകൾ പിന്നെ ബുജുല അച്ഛലിലേക്ക് മടങ്ങുന്ന തൊത്തു മടങ്ങിയിട്ട് എന്തോണപ്പോനം അതായി തീരണം ബുന്ദും എന്താണം അതിന്റെ പണ്ടേ തത്തിലുള്ളത് പോലെയൊക്കെ മടങ്ങണം അതിന് തടയുന്നത് എന്ന് പറഞ്ഞ ഇന്നമായ റുഹാൻ എന്തു പറ അല്ലാൻ അതിന്റെ പായിലാണ് പായൽ എങ്ങനെയുള്ള പതിന് അല്ല തീയതി അതിന് ഒരു പക്ഷിക്കൂതു പോലെ ഒരു പക്ഷിനെ കൂട്ടിലാക്കിയാലും പക്ഷിക്കൂട് നിൽക്കുന്ന മാതിരി ആണ് പതന്റെ ഹാഡ് അത് ഹസ്വൻ ആണെന്നുള്ളത് ഹസ്വൻ അല്ലേ ഹസ്വൺ അത് കടന്നു നിർത്തന്നൂട് പോലോപിക്കുക അല്ലെങ്കിലോ വക്കൽ കൊഹോസി അല്ലെങ്കിൽ കമീസ് ഇട്ടമാതിരി വിചാരിച്ചുങ്കിൽ കമീസ് ഇട്ട് കഴിഞ്ഞാൽ ശരീരത്തിന് എന്തായാലും കമീസ് കൊണ്ട് പൊതിഞ്ഞ് വെച്ചില്ല ഇരുവനും പതിനോട്ട് പൊതിഞ്ഞ് െത്തി അറുതിയിട്ടതാണ് അറുതിയിട്ടെന്ന് പറഞ്ഞാൽ അതല്ല ജിതാഹിന്റെ ജമണ് അറുതിയത് എന്തിനൊക്കെ നോക്കിയിട്ട് ലഹാ ഈ സത്യൻ മറക്കലിനാദി ഹസറാണോ സത്ര ആണോ ഇവിടെ ഉള്ളത് ഹത്രാണ് എന്നൊക്കെ ആണെങ്കിൽ ഭക്ഷണം പിടിച്ചിട്ട് കൂട്ടിലാക്കിയ മതി ചെയ്യും എങ്ങോട്ട് പോവാനും വരാനും ഇടാന്നു അല്ല സത്രി ആണോ ഇവിടെ ഉള്ളത് ഹസ്റില്ല സത്യദേവ കുറച്ച് കുറവാൻ നമീ സുരന്തി ശരീരം മറച്ചുവെച്ചാൽ മതി രണ്ടും രണ്ട് ഖിലാഫാണത് ഈ ശരീര ഊഹിനെ ബദലന്ത ചെയ്യുന്നത് ഹത്രാർത്ഥിയാണോ സത്രാർത്ഥിയാണോ ചെയ്യുന്നത് രണ്ട് ഖിലാഫാണ് സത്രം നിലക്ക് നോക്കിയാൽ എന്തുവരും ഒരു കമ്മീഷന്റെ സ്ഥാനത്താണ് അല്ല ഹത്രം നിലക്ക് നോക്കിയാലോ ഒരു ജയിലു തന്നെയാണ് എന്ന് വരും അപ്പൊ സത്ര ആവുമ്പോ ഹത്ത അത്ര പവർ അപ്പം ചോദിക്കും ബദന എന്താണ് ഇവിടെ അത്രമാത്രം ഇതിനെ തടയാൻ മാത്രം ബദൻ എന്ത് കേടുവെറ്റിയും അല്ലേ അത് പറയാം ബദനി ഇതിനെ തടഞ്ഞത് മീനർഹുലേക്കുള്ള തടഞ്ഞത് ലി അന്നു ഈ ബദനിമത്തിലേക്ക് ചെറുക്കപ്പെട്ട സാധനമാണ് മറ്റേത് നൂറാനിയ പിന്നെ ക്ലീനിയും ക്രണിമണ്ണോട്ട് ശിക്ഷിക്കപ്പെട്ടതാണ് സൽസാരി എന്ന് പറഞ്ഞതാണ് ഇങ്ങനെ മുദ്യാവസ്ഥ സാധനം അപ്പൊ ശരീരത്തിന്റെ ബിഹിതങ്ങളായ ഘട്ടം പറഞ്ഞു ആദ്യ കടക്ക മീൻ തുറാബ് എന്ന് പറയുമ്പോൾ തുറാബാദ തുർജിലാണ് പിന്നൊക്കെ പറഞ്ഞ സീനാണ് ആ തുറാബ് സീനാകരുമ്പ വള്ളത്തിൽ കുഴക്കുമ്പോൾ ആ സീനാക ചളിയാകും സീനാകു പിന്നെ പ്രത്യേകം പറഞ്ഞ ഹെമിൻ മസിനോ എന്ന് പറഞ്ഞു ഒരു ദുർവാസനടിക്കുന്ന ടൈസെല്ലാം ഹെമദ് ചടിയും അല്ലെങ്കിൽ അതിന് കുറ്റിയുറപ്പിച്ചിട്ട് ഇങ്ങനെ മാവാക്കല അതാ ഹും കൊറച്ചാരി മുടിച്ച അവസ്ഥയൊക്കെ സാധനം പറഞ്ഞപ്പോ ചൂട് കുടിപ്പിച്ചിട്ട് ഇന്ന ചൂട് കയറ്റിണ്ടാക്കും അതിന് ഉണക്കിയെടുത്തിട്ട് ഒരു പതനെ പോകപ്പെടവും വിവിധങ്ങളായ ഘട്ടങ്ങളാവില്ല എല്ലാം മണ്ണോട്ടന്റെ കളി തന്നെ ആ എസ്തെല്ലാം പറഞ്ഞു സൽസാരി വി തീ അതിന്റെ പ്രകൃതി കൊണ്ട് അത് ചായൂല ഇല്ലാതെ അസലി അതിന്റെ അസലിലേക്കല്ല അതിനെതിരായിട്ട് ആ ഗോപിനെ താഴത്തേക്കാണ് അതിന്റെ പോക്കും ചടിയും മണ്ണത്തിലേക്കതിന്റെ പോക്കും അപ്പോൾ അതാണ് പിന്നെ ക്ഷണാത്തിൽ ജിസ്മാരിയാന്ന് സാധനം അത് അങ്ങോട്ടാ പോകും അതിലാണ് ആര് കുടുങ്ങിയത് നമ്മുടെ ഗോഹി കുടുങ്ങിയത് ഇവിടെ ഗോഹിന് അതാണ് അതിന് വേണ്ടിയെ കണ്ട് വിളിക്കുന്നു ബദനിന്റെ ഹാർ കൂടിയാൽ ഗോഹിനി ഇങ്ങോട്ട് വിളിക്കും ഗോഹിന്റെ ഹാരു കൂടിയാൽ ബദനി അങ്ങോട്ട് വിരിക്കും മഴക്കരൻ അങ്ങനെ തിന്നല്ല വിഷയം കഴിഞ്ഞിട്ട് പക്ഷെ നമ്മൾ കുടിക്കലുണ്ട് മാൽപാശ ധരിക്കലുണ്ട് ഇങ്ങനെ പലതും പക്ഷെ അത്യാവശ്യം കൂടാണ്ട് കഴിയൂല അപ്പൊ ഇത് ഒഴിച്ചിട്ട് ജീവിക്കാനാവൂല അതിനെന്ത് വേണം നെറൂറോത്തുമ്പോൾ മാത്രം ചുരുക്കുക ആവേശത്തിന്റെ കഥ മാത്രം എടുക്കുക അതോടൊപ്പം അതിനെന്താകണം വിറ്റി ഭാഗം ശരിക്ക് പരിവക്ഷിപ്പിക്കുക എന്നാൽ അത് കൃത്യത്തെ കുടിക്കലും വസ്ത്രവും എല്ലാം എന്താകണം നെറുരിയായ കാര്യം ഒഴിച്ചു കാണാൻ പറ്റൂല ഇപ്പൊ ദാക്ഷിക്കാണോ മൂത്രിക്കാണോ സഫോസി പോയിട്ടോട് ജീവിക്കാൻ കഴിഞ്ഞോക്കാം പക്ഷെ ആ അവിടെ മാലിന്യം കണ്ടുകാര്യമില്ല അതിന് ഇത്തിപാകം കണ്ടതിന് ആ സിക്രും വ്യക്തിപാകും എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് അതിന് ലെവലാക്കി വരുമ്പോ അത് തൃശ്യത്താക്കപ്പെട്ടു അതിന് ദൂശ്യം പോയി ഓരോ ശുദ്ധീകരണം ഉണ്ടല്ലോ ഓരോ സാധനത്തിന് വക്കുല്ലമായ താമകഫീതാലിക്ക ഈ പറയപ്പെട്ട ഈ പതനിന്റെ മനുഷ്യനും അഷറവും മൽബസ് തുടങ്ങിയ കാര്യത്തിൽ എന്താക്കി ആഴത്തിലേക്ക് അങ്ങ് കൂണ്ടുപിടിച്ചാൽ കത്തപത്ത് ബഷരീയത്തു ഓ ബശരീയത്ത് എന്താ കഥാപത്തുടേതായി വന്നു കൊണ്ടിരിക്കുന്നത് കഥാപത്ത് പോയിട്ട് കഥാപത്ത് വർദ്ധിച്ചുകൊണ്ടേ അപ്പൊ റോമിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു നേരെ വിരുദ്ധ അപ്പോൾ ഹിസ്സിന്റെ കാവിലെ ശക്തി കൊടുക്കും മാന കണ ഹിസ്റ്റിനെ ശക്തി കൊടുക്കും പൊറോബോണിന് പറഞ്ഞ ഹിസ് ഉള്ളിലുള്ള കാസിനേക്കാണ് പൊറോബോണിക്സുകൾ ചില യോഗം നടന്നിട്ടില്ല ഇപ്പൊ മാല കട്ടി വെയിച്ചടിക്കലി അതാക്കളി ഇതാക്കലി കോട്ടം പക്കലി ഇതെല്ലാം കട ഇത്രയും പൈസയും സമയവും കാര്യങ്ങളും മുതലൊക്കെ ഇവിടെ ആകെന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായും ചെയ്യില്ല വെറും ഇസ്മലി മോത്രുന്ന ഫെർണാണ്ടസും മധുസൂദനും ചങ്കര നമ്പിയാറും മറ്റോരും വന്നിട്ട് കുറെ പ്രസംഗിച്ചിട്ട് പോയിരുന്നു ആരൊക്കെ എന്ത് നേട്ടമുണ്ടായി പേശാസ്ത്ര മുതലിട്ടിട്ടു അല്ല നാല പ്രസക്തിയുള്ള നഗ്ന അല്ലെങ്കിൽ ഏഹ് ഒരു ദുഃഖിന്റെ പരിപാടി നല്ല നിലക്കുന്നവർ ഇതും അതിന് മായനവിയാക്കുമ്പോഴും ഇവിടെ ഹിസ്സാണ് ശക്തി കൂടിയത് അപ്പൊ സംഭവിക്കുന്ന ഹിജാബുണ്ടല്ലോ അത് പട്ടി കൂടികളായി മാറി അപ്പൊ എന്താക്കും ആഴത്തിൽ കൂണ്ടുപിടിക്കും ഈ ആദൽ കപ്പുസി ഇതേ പക്ഷിക്കൂട്ടി തന്നോളം കൂട്ടുകുടിക്കാനായി ഹിജാബ് ശക്തി കൂടും ഒരു സാധന ഇങ്ങനെ വെച്ചിട്ട് മണ്ണിട്ടോ ഉള്ളെ ഈ സാധനം പോട്ട് പോയിട്ടില്ലെങ്കിൽ എന്താക്കും മണ്ണ് കൊണ്ട് കട്ടിക്കൂടി കൂടി പോയിട്ടില്ലേ ഇതേമാതിരി ഷഹവാതിൽ കൂടി കൂടി വരുമ്പോ പതിനാഴത്തിലേക്കാണ് ആര് പോകുന്നത് ബോയിന്റെ നിലനിൽപ്പിലേക്ക് പോകും രണ്ടാമത്തെ അല്ല അബുദാലോന്ന് രണ്ടാമതന്നെ വല്ലോന്നല്ല പറഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ മാനി ഏതാണ് അല്ല നസാകത്തായ ലഫ്സ് നസാകത്ത് നസാഖത്ത് മണിച്ച് ഇളക്കി വിടുന്നത് ഇളക്കിവിടുന്ന ലഫ്സിലല്ല നസാകത്ത് എന്നി അൽമോ ഇരൽ മീമി ചീത്തയായ ഹന്നുകളിലേക്ക് ഓരോ വിചാരങ്ങളിലേക്കും ആനുകൂല്യങ്ങളിലേക്കും ഇതിൽ ഇളക്കി വിടുന്നു അതുകൊണ്ടാ ഇതുകൊണ്ടാ അതുകൊണ്ടാന്ന് പറഞ്ഞു ഉദാഹരണക്കാർ ഉന്നതി വേണം ഒരു ബഹുമാനം പോണോ പോഴ്ച്ച വേണോ ഇങ്ങനെയാണോ അപ്പൊ ഞങ്ങൾ പോലീസി പോലീശ വരികയാൾ കണക്കിലെടുത്തിട്ടില്ലേ പോലും ഞാൻ എന്റെ ആദ്യത്തോലി ആക്കിയിട്ടുള്ളൂ അപ്പൊ മെയ്യു പറഞ്ഞ് ഇന്നാൾ കയറി വന്ന അയാള് വലിയ പോലീശ പോരുന്ന ആളാന്നും എല്ലാവരും വന്നാൽ വലിയ പോലീസായി കൊന്നു അന്റെ നിങ്ങളെ കുറച്ച് പറഞ്ഞു പോയി ഞാൻ പറഞ്ഞു കൊടുത്തധികം വലിയ മടക്കിത്തരാൻ പറ വാക്കിംഗ് ചെയ്ത് നമ്മുടെ ഞാൻ കൊടുത്ത വാറി പോയിട്ടോ തങ്ങോ അവർ ആദ്യമോ ആരോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് ഞാൻ അത്രയും കൊടുത്തുപോയത് ഇന്നത്തെ ആളാണെങ്കിൽ കൊടുത്തന്നെ അധികം മടക്കിത്തരാമോ വന്നു അതെല്ലാം പൊരിച്ചേക്കുന്ന കേട്ട് ഞാൻ ചേട്ടാ അതിൽ വേദി കൊടുത്ത് അങ്ങാണെങ്കിലും മറിയിട്ടില്ല ഹുബ് മത ഇയാളെല്ലാം പുകഴ്ത്തിക്കൊള്ളു പൊരിച്ച പറഞ്ഞോളാം തുഞ്ഞാല് ഹബ്ബ് നിസാഹിനോടുള്ള ഹുബ് അതാ ബിർന്നി അങ്ങനെ വലകും ഇതിനോട് ഭാമിയായിട്ട് എന്ന് പറയുന്നത് കൊണ്ട് ഇതിനാൽ ഇതിൽ കീബറ് ഹസത്ത് ഹോളക്ക് എന്ന് പറഞ്ഞാൽ സമാധാനമില്ലായ്മ പ്രതികാരം ഹൗസ്ഫുൾ ഭക്തീർത്തരം വന്നു എന്നുള്ള പേടി ഹമ്മ തിരിച്ചു എങ്ങനെ കിട്ടുമെന്നുള്ള ഹ്മ് സോഫിന്റെ ഇടയ്ക്കിൽ ഇത്ര പതിവുമായിട്ടാലും കുറവില്ലാന്ന് ദുഃഖിട്ടുണ്ടായി പോകുന്ന പേടിയാകരി കുന്ന കിട്ടണ്ടായി പോകോ ചോറിട്ടുണ്ടായിപ്പോ ആ അമ്പതിലും വല്ലാണ്ട് പദവുമായിട്ടില്ല എന്തേലും ഇതെല്ലാം ഇതിനോട് താപരിച്ചിരുന്ന കാര്യങ്ങളാണ് അപ്പഹബുൽ പണക്കാരോടുള്ള ഹെബ്ബ് അതങ്ങനെ തമഹാൻ ബഹ്റുസാൻ ഓരോ പൈചയിലും ഓരോടും പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് മറ്റൊരു ഹെബുണ്ട് എങ്ങനെ ഈ അഹനിയാനെ പിടിച്ചാൽ സാധുത കണ്ടെങ്കിലും മൈക്കൊടുത്തവെയ്യാൻ വേണ്ടി ടീവ് കുട്ട് അതെല്ലാം ഇവിടെ പോയിരുന്നു അത് മറ്റൊതിലേക്കുള്ള വസീലിയാണ് തമഹാൻസ് വായിച്ച് ബഹത്തിക്കാറിൽ മാർ നിസ്മായി കാണാൻ ഓരോ ഇല്ലാണ്ട് ിക്കാം അങ്ങനെ പലതും ഈ നയോമിഹ ഈ നെഫ്സിന്റെ അയവുകളുണ്ട് സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങിനെ തൊട്ട് ഇനെ തടഞ്ഞ വസ്തുക്കൾ ഇതാകുന്നു ആ ഉൾക്കൊരു കാരമില്ല പടവെച്ചിരിക്കൽക്കിന്ന് പ്രതികരഹിൽ അമ്രാ ഈ പറയപ്പെട്ട മറന്നെല്ലാം ചികിത്സിക്കാൻ വേണ്ടിയാണ് ഇൽമ തസവ് തസവുപ്പിന്റെ ഇൽമ വെച്ചിരിക്കുന്നത് ഈ പറയപ്പെട്ടതിനെക്കുറിച്ച് ചികിത്സ കൊടുക്കണം ഇതൊന്നും മാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ടല്ല നല്ലാണ്ട് ചേട്ടൻ്റെ പറയും നടന്നിട്ടുള്ള പുതിയ കുറാപാതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല വിള്ള നിൽക്കാറില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പുതിയൊരു മതം സ്ഥാപിക്കാനുമല്ല ഇതെല്ലാം നീക്കണം എന്നീലുണ്ട് രീതി കോമ്പടി ഇട്ടിണമെങ്കിൽ അതിനു പറ്റുന്ന ഒരു ഒരു പ്രത്യേക ഒരു രീതി വേണം ഒരു ചികിത്സാ മാർഗം അല്ലെങ്കിൽ നീമൂല ആ കൈഫിയത്താണ് ഇമത് അസുഖത്തിൽ വെക്കപ്പെട്ടിട്ടുള്ളത് ഇനി മൂന്നാമത്തെ മാണിയങ്ങാ പറഞ്ഞത് സൈത്വാനാണ് കദാലിക്ക് സൈത്വാനും ഇവിടത്താക്കും തടയുമ്പോൾ ഭസ്മസത്തി അവന്റെ പല വസവാസുകളും നീ ഒപ്പിച്ചുകൊണ്ട് ഊതി തരിക പിന്നെ ഹുഭവൻ ഈ അവന്റെ ദുർ ചീത്തയായ പ്രേരണങ്ങൾ അത് രീതി ചെയ്തും പറഞ്ഞില്ല അപ്പൊ തതിയനെയും പലതിനെയും അവൻ ഭംഗിയുള്ളതാക്കി കാണിച്ചു അതാ നല്ലത് ഇതാ നല്ലത് അതെടുക്കണ്ട ഇതെടുക്കണ്ട ഇതിന കൂടുതൽ ഭംഗി ഇതാണ് അംഗീകാരം കിട്ടി നിങ്ങളെ പറഞ്ഞും അവളെ മുമ്പിൽ ഭംഗിയാക്കി കാണിച്ചിരില്ല അതാണ് അതും തന്നെ ചെയ്യുന്നത് അന്നകു ഹനവൈ അസൂയക്കാരനാണ് ഞമ്മളോട് അപ്പോ ഇസിയല്ല അപ്പൊ നെഫ്റ്റിന് വേണ്ടി ഇവൻ കാണിച്ചു ഭംഗിയാക്കും അൽക്കൂപ്പർ അക്കൂപ്പർ തന്നെ ഭംഗിയാക്കും കുപ്രാ നല്ല കുപ്പിയത്തിനാണ് സ്ഥാനം എന്ന് പറഞ്ഞിട്ട് അതിനെ ഭംഗിയാക്കി ഉസ്വസ്ഥുണ്ടാവും ഇനി കുപ്പിയത്ത് കയ്യാത്താക്കോ തുമ്മൽ മാസിയത്തിനായിരിക്കും പിന്നെ കളിച്ചു കൊടുക്കും കയ്യുമെങ്കിൽ കുപ്പിയത്തിലേക്ക് എന്നെ വിളിക്കും അല്ലെങ്കിൽ മാസീയത്തിലിരിക്കും അല്ലെങ്കിൽ സുമ്മത്തൊപ്പുത്ത അനിപ്പോ ആ അല്ലെങ്കിൽ മൂന്നാം നമ്പർക്കും താത്തിനെ തൊട്ട് പിന്നോട്ട് നിൽക്കാൻ താഴത്തിനെ പിൻപിടിക്കലി അപ്പൊ മാസിയത്ത് വന്നിട്ടില്ലെങ്കിൽ താട്ടില്ലായ്മ വന്നല്ലോ എനിക്ക് താറ്റിൽ തന്നെ ഉറച്ചിരിക്കൂന്ന് കാണാം അന്ന തുമ്മിയായി ആ പാട്ടി കൊണ്ടവര്യായിട്ട് താറ്റു വറക്കാക്കുക എനിക്ക് വറക്കാക്കാനെങ്കിൽ നിന്നെ തുമ്മൻ രുജു പോകും അല്ലെങ്കിൽ പിന്നെ ഋജിബുണ്ടാക്കി തീർക്കാം റിയായ് പോലും ഇല്ലാത്തൊരാളാകും മൂന്നൽ രുചിപ്പു അവിടെ ചെയ്താന്ന് ഒരു അപ്പൊ അങ്ങനെ പടിപടി അയച്ചു പോകുന്നു ഈ പറയപ്പെട്ട എല്ലാത്തിൽ നിന്നും ഇപ്പൊ മൂന്നിൽ അന്യ ഏതെല്ലാം ഒന്ന് പതിന് രണ്ട് ഇതിലുള്ള ലഫ്സിന്റെ വാദങ്ങൾ ചൈത്താനൽ പ്രകടനങ്ങൾ ഈ മൂന്നിൽ നിന്ന് അത് ഹാദികൾ നിന്നും ഹാദി എന്ന വീതത്തേക്ക് പറയപ്പെട്ട മൂന്നിലേക്ക് മതുക്കൂറാത്ത സ്ഥലത്തിലേക്ക് അത് രക്ഷപ്പെട്ടു കഴിഞ്ഞിഹ അതിന്റെ ശരിയായ എസ് എല്ലേക്ക് kariyanu ndau kariyanu ndau pacha maratham kotha apurude nokki anne kanna porum dawhin nalla looboru nariyya aivu nokkiti porum parayendi min ilmil haqaayqi haqaayqina nariyallal rasul alama thadraaqati lilashiya min ilmil haqaayqi wailaa dhalika ashaara bi qawlihi adaa ulusanni qurayyo al-ishara taakiyadi faqunnum man aagaqadum lihaadha കൊല്ലുമാൻ എല്ലാ ഓരോരുത്തരും അതാക്കതും ഈ പറയപ്പെട്ട മറുക്കൂടാത്ത സ്ഥലത്തുണ്ടല്ലോ ആ വായിച്ചുകൾ അവർക്കെന്താക്കി ആസ്വദിപ്പിച്ചു ജിഹാദവും ഇവന്റെ ജിഹാദിനെ ഇവ ജിഹാദു തുടങ്ങി ഈ ജിഹാദ് അതിലേക്കാ പോയി ചെന്ന് കുത്തിയ രീതി പോനും ജിഹാദല്ലോണം അ പാറമർപ്പിച്ചപ്പോഹാറ അവൻ വെളിപ്പെടുത്തും ജിഹാദ് ചെയ്യാതെ ഇഷ്ടക്കാരുണ്ടല്ലോ ജിഹാദിൽ ഖുറാൻ പറഞ്ഞപ്പോൾ മുജാഹിദ് അലൽദീന ആ കായിദാണ് ജിഹാദിന്റെതിൽ അവർ കാണിച്ചുകൊടുക്കുന്നെന്താകും ഹർഖല്ല ആകത്തിനെല്ലാം പൊളിക്കുന്ന ഹവാദിഫില്ലാത്ത പല ഊറുകളും മറ്റുള്ളവർക്കൊന്നും കിട്ടാതെ കളി വരിക്കണ്ടിരിക്കും ും ജി ചെയ്ത് തരുമ്പോ ഇത് എഴുതിക്കുന്ന ചെയ്തില്ല തമ്മിൽ തർക്കം കിട്ടുമ്പോ അതിന്റെ എഴുത്തി മൂറ്റി കൊണ്ട് അതിൻ്റെ അതിനെ ഹഗ്രവാൻ നോക്കരുത് ജിഹാദ് ഒരിക്കലും ഒഴിഞ്ഞില്ലല്ല നഫ്സിന്റെ തൊട്ടും ജിഹാദ് ഒരിക്കലൊഴിയൂല അപ്പൊ ഒരിക്കലും നോക്കണ്ടാവില്ല അപ്പൊ എന്താ നബ്സൊന്നിരത്തും അതൊരിക്ക അവസാനിപ്പിക്കില്ല ജിഹാദിനെ അവസാനിച്ചും മടക്കിയിരുന്നു എന്ന് ചൈതാടത്തോത്തോത്തോണ്ട് ജിഹാദ് അവസാനിക്കുന്നതിൽ അംഗീകരിച്ചാണ് വെച്ചാൽ എപ്പോഴും അവസാനിച്ച തക്ക തന്നെ തിരിച്ചടിക്കൂരന്താ നഫ്സും ഇലത്തും ഈ നാനിഹ നക്ഷനെ നീന്താക്കി മൊത്തമായിട്ടത്തിനാലത്തിലേക്ക് എത്തിച്ചു എന്ന വക്ക ിയൻ വയ്യാ ചെട്ട് ഒരിക്കലും തീർത്തിട്ടുണ്ടാവൂ കടങ്ങി ഉണ്ടാവൂ ജിഹാദ് ആഗ്രഹക്കാരന് വളരെ പ്രോത്സാഹനം കാരണം അത് ശരിയായ ജിഹാദാണെങ്കിൽ ഇഷ്ടം ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല അടങ്ങിയിട്ടില്ല സമയത്ത് കൊടുക്കാറുന്നില്ലേ അത് കടങ്ങിയിട്ടില്ല ഒന്നും തീർച്ചയായിട്ടും തുറക്കണമെന്നില്ലായിരുന്നു അപ്പൊ നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു തോറ്റെ മടിയന്മാർക്ക് അത് പ്രോത്സാഹനം ഇല്ലാത്തൊണ്ടോ അപ്പൊ അപ്പം പതനിനോട് എന്താക്കണം ജിഹാദ് ചെയ്യണം അല്ലെ നെക്സ്റ്റിനോടും വേണം ജിഹാദ് ചെയ്താൽ ആണോ ജിഹാദ് മൂന്ന് ജിഹാദാണ് വേണ്ടത് മൂന്നൊരുപോലെയാണോ അല്ല ഇപ്പൊ ജിഹാദ് പതൻ പതനോട് കാട്ടേണ്ട ജിഹാദ് എന്താ ഈ മവാദ്രി പതനെ കൂട്ടിക്കൊടുക്കുന്നതിനെ മാറ്റണ്ടല്ലോ അപ്പൊ അതിന്റെ ശക്തി പകരന്ന് അത് മാറ്റം കുറെ ചുരുക്കി പിടിക്കണം എന്നാൽ കുറെ രോഗം ചുരുക്കി കിട്ടും അതാണ് മീൻ കച്ചടൻ മാറ്റം എങ്ങനെ മീൻ തക്കരയിൽ തഹാമ ശരാബ് ഇവൽ ലിബാസ് ഇവൽ മനുഷ്യന്താ ടഹാബ് കുറക്കുക ശറാബ് കുറക്കുക കണ്ടമാനം വേണ്ട ആവശ്യത്തിനോട് മനാമ കുറക്കുക കഹാമും മനാമും രണ്ടോണം വന്നു നമ്മള് നാല് പത്തിയാവണ്ടാ പറഞ്ഞു കഹാമ് സലാവ് അനാമും അനാമാ ഇവിടെ കലാമണ്ണിയിട്ടില്ല അത് നെഫ്സിനോടാ അനാമും നെഫ്സിനോടാ കമം ഇനേതോന്നും അനാമും വന്നു കാമുക്ക് പൈക്കും അപ്പൊ ഫലായ കുരു വലായു തിന്നി വേണ്ട കുടുക്കി വേണ്ട ഇല്ലാതെ എട്ടക്കമ്മ അലാ താഹ ഇല്ല അന്നാമന്റെ താഹത്തിന്റെ ശക്തി കിട്ടിട്ട കണക്ക് എല്ലാടും അതിനെ മുടക്കുന്ന തരത്തിൽ മുടക്കിയിൽ പൂങ്ങിട്ടെല്ലാം കൊണ്ട് എന്തായി വന്നാത്ത ചൂടം വന്ന് കടന്നു നീക്കുന്ന ചുറ്റുപാട് വന്നു അന്നേരം മുടക്കിക്കളിയന്ന് താഴത്തിന്റെ ശക്തി പകരാൻ ആവശ്യമായ തെറ്റ് എന്താണോ ആ നെഞ്ഞത്തും വെച്ച് അതേ കണക്ക് അതേ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആറാമു കലരാൻ പാടില്ലാതെ വരും ആറാമുകൾ എല്ലാം പോയില്ലേ അറവ് കൂടിയാലും മോശം ആകും നാഴത്തിന് മുടക്കിയിൽ ചൂരുണ്ടാക്കിട്ടേ ഇവിടെ കടക്കാനെല്ലാം ചോദ്യാ നിങ്ങൾ ഒറ്റ ഹലാ ഭക്ഷണമണ്ടി അല്ല ഹനാട് പോലെ നെഹ്യാലോമതി ഒന്നാം വണ്ടി ഇവിടുത്തേക്ക് വരാൻ പറ ഇന്നുള്ള ഭക്ഷണം ഹരാട് ആക്കൽ എങ്ങനെ ഫിൽറ്റർ കയ്യിലെങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാം ഉം ആ പഠിച്ചതുപോലെ ചെയ്തോ നെയഹ്യാലോമതി അതെ ഒറ്റ ചോദ്യല്ല നിങ്ങൾ നൂറെണ്ണം ചോദിച്ചോ ഒന്നിലേക്ക് രണ്ട് പൂജ്യം കൂട്ടി ചോദിച്ചോ ഒന്ന ഒന്നാക്കണ്ട പക്ഷയാക്കണ്ട നൂച്ചെണ്ണാക്ക നൂറ് ദൂരത്തിന് മറുപടി ഉണ്ട് ബി എച്ച് പാ മിൻകുള്ളി തായ് നാകലാന്ന് വേണ്ടതാണ് ഹരാലാക്കലെങ്ങനെ ഏത് കാലത്തും നിങ്ങൾ ഹറാമു തന്നെ തൊണ്ണൂറ്റമ്പത് പോകത്തുനിന്ന് ഹരാളെ പൊടി കയറുന്നാൽ ഹറാലി ഹറാമാണെങ്കിലും ഹരാൽ കേൾക്കു എടുക്കൽ എങ്ങനെയാണ് ബി ആരൊമ്മീൻ ബാബു ഹരാൽ നമ്മുടെ തീച്ചു ശേഷം വൈകുന്നൊന്നും ചോദിച്ചുള്ളൂ നമ്മുടെ വിശുദ്ധത്തേക്കും മടങ്ങണത് അങ്ങനെ ചടം എല്ലാവരും കാണും മെമ്പർഗുകാരൻ്റെ മാതിരി നമുക്ക് അടിക്കില്ല എന്ന് പറയും പിന്നെ വല യൽബസ് വസ്ത്രം ധരിക്കണ്ട ഇല്ല മായഹപദിത് പദന ബദനിനെ കാക്കണം അവിടെ ഒക്കെ പറയണം ചൂടിനെത്തോട്ടും തണുപ്പിനെത്തോട്ടും ബദനം എന്നിട്ട് എന്നകം വളർന്നു വെക്കണം അതിനപ്പുറമുള്ള വസ്ത്രമൊന്നും വേണ്ട കാരണം അന്നമാരി പറ്റി അനുവദി അന്നമില്ലല്ല കൂട്ട എന്റെ വാര്യത്തൊക്കെ എന്താ കാര്യയില് എല്ലാം വച്ചൊക്കെ ആയി ഭാർ തട പോണം ഇവിടെ നിന്നാണ് പറഞ്ഞു വരുന്നത് ബാധനുള്ള ജാതെ രീതിയൊക്കെ അല്ലേ അല്ല അപ്പൊ ചുന്തരം കുടിക്കലും മനാമക്ക ആവശ്യത്തിന്റെ കണക്കുക അല്ലെ താഴത്തിന് പ്രോത്സാഹനം നൽകുന്ന കണക്ക് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ഒഴിഞ്ഞിട്ടെടുക്കണം വസ്ത്രം ധരിക്കലോ വാതന കാക്കാനുള്ളത് തുടർലി അന്ന ഭൂ മാതില്ല അതിന്റെ അതിന് അതിലോ അതിന്റെ ആവശ്യമുണ്ടവിടെ ഹാ വണോ ഓട്ടെ എന്നല്ല ഹാ ഉണ്ടായാലേ ജിംല പൂർത്തിയാവുന്നില്ല എന്തുകൊണ്ടല്ലേ അന്ന അനം ഹബറും വരില്ല പൂ ഇല്ലാഞ്ഞാൽ ഹവറ് വരില്ല പൂ ഉണ്ടായാലി ഇസ്മീറോ ആക്കുക മാലിപ്പത്തോ ആക്കി വെച്ചാൽ ആ ജിംലക്കാട് ആവശ്യമില്ല ആ താഴെന്റെ ആവശ്യമില്ല അതെവിടെയോ വരേണ്ട വിഭാഗത്ത് അവിടെ കിടക്കുപൊടുത്തുപോയല്ലോ പറഞ്ഞില്ലേ സംവിധാനത്തിന്റെ നഗരീനിലെ കീട്ടാപല്ലേ ആ തൽക്കാലം അവിടെ വത്തിവച്ചിട്ട് വലായനാമോ മനാമിലേക്ക് അടക്കാം താങ്കു ചെറാബു ലിബാസും പറഞ്ഞു മനാമല്ലേ വലായനാമോ ഉറങ്ങണ്ട ഇല്ലാ യുറത്തലിന് വൻ നശാത്തൊലി തോറ്റില്ല അന്നാവിന്റെ താഴത്തിലേക്ക് വേണ്ടുന്ന നശാസ് ചീനം പിടിച്ചിട്ടുണ്ട് അപ്പൊ നശാസ് ഉണ്ടാവുമെന്ന് കടന്നിരിക്കണം അതുപോലെ ചിലപ്പോന്താ ഉറപ്പം തൂങ്ങിയി ചെന്നെല്ലീ പാടി അറിയാണ്ടെന്നെ വായി വരൂല ഈ ഉറങ്ങിപ്പെട്ടിട്ട് അപ്പൊ അക്കലേ ഉണ്ടാവൂല അപ്പൊ ഒന്നുറങ്ങിയിലെന്താക്കണം അക്കലും വീണ്ടെടുക്കുക അപ്പൊ അക്കലും നിശാസം വീണ്ടെടുക്കാൻ പാറ്റിനാവശ്യമായ കണക്കും ആ തുറകിൽ മതിയിക്കണം ഒസിക്കണ്ടീ ഉറങ്ങിയിട്ടില്ലെങ്കിൽ വേറെ വേറൊന്നും ഉറക്കം വരുന്നുണ്ടോ ഇല്ല നോക്കുക അപ്പൊ ഉറക്കത്തിന് സഹായകമാകുമെങ്കിൽ ഉറങ്ങാം ഇല്ല പലതും നോക്കാം അപ്പം ഉറങ്ങാൻ വരുന്നില്ല അതിൽ തന്നെ ശരിയാകത്തില്ല ചെല്ലത് ശരിയാവില്ല ഒന്നിറങ്ങി അടിക്കാം എന്നാ കണക്കാൻ തുറന്നാൽ മതിയാക്കില്ല പഴയ ഓർത്താക്കിയ പിന്നെ തീരെ ഇല്ല ഉണ്ടാക്കിയില്ലായിരുന്നു അവിടെ നമ്മളൊരു തരത്ത് നിൽക്കലും രോഗം മാറാൻ വേണ്ടിട്ടു മലർത്തെല്ലാം പോയിട്ട് ആരും ഹാലെല്ലാം പറഞ്ഞുകൂടി അയാൾ നല്ല കോഴി ബിരിയാണിയാണ് വെച്ചു നല്ല ഭാഗുള്ള ബിരിയാണി നമ്മൾ നിൽക്കറി ചെന്തി നമുക്ക് വെച്ചാ ഇല്ല അടിഞ്ഞു പോകുന്ന എല്ലാരും കൂടി അയക്കുള്ള അപ്പൊ ബിരിയാണി തന്നപ്പിനെയും മോശേ പിന്നെ ബിരിയാണി വെയിച്ചിരി അല്ലാതെ ഓർത്താക്കി വെയിച്ച് അവ കിട്ടിയ ബിരിയാണി ആവശ്യം പോയി എല്ലാരും ഇന്ന് നോക്കുമ്പോക്ക് നൂരെണ്ണം തുടങ്ങി ഇതാക്കാൻ ബംഗളൂരിലൊന്നുമില്ല എന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞ എന്താ കാര്യം നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് രസാസ് കിട്ടോളൊന്നും ഉറങ്ങിയതിരിക്കാം ആ മട്ടം കൊണ്ട് മറിക്കൊക്കെ എന്നാൽ പിന്നെ പാചകത്തും അല്ല എല്ലാവരും അവിടെ വെച്ചാൽ തെലങ്കിൽ അങ്ങനെ കറസ്സാണോ അതിന് അന്നാട് റവന്യൂ കോഡ് കൂടെ എഡീഷൻ പറഞ്ഞോ സർവീസ് ചാർജ് മാറ്റി കഴിഞ്ഞു കായലൊക്കെ ഇല്ല ചൊല്ലലില്ല എന്താ അറക്കലില്ല ബിരിയാണി വെച്ചു മണക്കിനാവിലെന്താക്കോദിക്കുമ്പോൾ എന്താ പറയുമ്പോ ഫുൾ ടൈം ആക്കണ്ട പച്ച കൊറക്കിയും വേണ്ട എട്ട് മണിക്കൂർ തടി വാഹത്തിന്റെ വേണ്ടി എട്ട് മണിക്കൂർ കുഞ്ഞാ കഴിഞ്ഞ് എട്ട് മണിക്കൂർ ആശത്തിന്റെ വണ്ടി ആ ഒരു മിതമാണെന്ന് ഞാൻ പറയുന്നു അതുമോ പറഞ്ഞല്ല പിന്നെ കാത്തിരി നിഹയനെ മുസ്തഖറാണ് അതേ ചോദിച്ചോ കഥാലിക്കലായം അവന്റെ കാതമ്മിനെ നീക്കാൻ പാടില്ല അള്ളാഹുബിന്റെ തവാബ് പ്രതീക്ഷിക്കാവുന്ന രംഗത്തേക്കല്ലാതെ രണ്ട് കാൽ നീക്കാൻ പാടില്ല അല്ലെങ്കിൽ പോയാൽ അള്ളാന്റെ തവാബ് എന്തെങ്കിലും കിട്ടോ ഇല്ലയോ അല്ലെങ്കിൽ കാല് ധരിപ്പിക്കേണ്ടെന്ന് പറയും വല യജിരി നിശയത്തില്ല വല യജിരി ഇരിക്കാനും വേണ്ട ഇല്ല ഹൈസു ഒരു സ്ഥലത്തല്ലാതെ യഗ്മനു നിം ആശയത്തില്ല ഈ അന്നാ ഒരു ആശയത്തിനത്തോടൊപ്പം നിർമ്മാനാണ് അവിടെ ആശയത്തൊന്നും സംഭവിക്കൂല അങ്ങനെ അങ്ങനെ പറ്റി തീരുമാനിക്കാൻ കഴിയുമോ അങ്ങനെ വാരിപൻ മിക്കവാറും രക്ഷപ്പെടുന്ന സാധ്യത അന്ന് അങ്ങനത്തെ സ്ഥലത്തല്ല വലായസ്ഹബു സ്വഹബത്തും കട്ടണ്ട ഇല്ലാ മഞ്ഞസ് തീരു അള്ളാഹുവിന് ഏതെങ്കിലും ഒരു താഴത്തിന് ഇവയ്ക്ക് സഹായം നൽകുന്ന ഒരാളോടെല്ലാണ്ട് കൂട്ടുകെട്ടണ്ട അതിന് മുടക്കുന്ന കളക്കി കൂട്ടുകെട്ടാനും പോണ്ട വലായ ഇല്ല മഞ്ഞു മുസ്ലത്ത് പോലായത്ത് ബ്രഹു അവൻ താമ്യ ഹാകാനും പോണ്ട സാമ്യമത്തും നേരത്തെ സ്വഹബത്താവറ സ്വർമ്മത്താമ സമന്മാരും ആകാതെ താപിമത്തു പോരും കാണാം ഇവനെ കാണാം ഉന്നതന്മാരാകണം അതുപോലെ അതാ പറഞ്ഞത് ഇല്ല ഒരാളോടെല്ലാണ്ട് താപിയാവണ്ടുസുരത് ഹോമിയില്ല ഇവന അള്ളാഹു എന്നോട് ചേർത്തിട്ടുണ്ടല്ലോ മുസ്ലുരത് അത് തഹക്കുന്ന ഒരാളോടല്ലാതെ ശാമൻ മല്ലാ എന്ന് നിൽക്കുന്ന ഹാനുഭവാനു വലാ അലന്നാഹിമപ്പാലുഹൂ എന്ന് പറഞ്ഞു മതി ആ മപ്പെപ്പോലും ിഹാലിൻ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ സ്വീകരിച്ചാലുണ്ടാകും എല്ലാ ഹാലിൽ ഇവനാകും അന്നാഹാരത്തലാക്കി വേണ്ടി അന്നാ പോകാൻ നമ്മൾ ചെയ്യുന്നവനില്ലാൻ അവനാണ് തോന്നുന്നത് ഇവന്റെ ലക്ഷ്യമില്ല ഈയാണ് തറയുന്നൊരു വസ്തുവില്ല കൂട്ടുകൂടിയതെല്ലാം ആരുകൂടെ ദുന്നതും കുടിച്ചതും ഏറ്റത്തും വാലാ താതില്ലായി ാക്കാനും അറുപ്പ് ഉറക്കാനുള്ള തൊഴത്തെ വേണ്ടി നശാത്ത മക്കൾ തിരിച്ചു കിട്ടുന്ന കഥകളുടെ മനാം എല്ലാം ഇല്ലായി ഇനി എന്താ വേണ്ട ജിഹാദുൻ നസ്തു വേണം ജിഹാദുൻ നസ്തു എന്ന് പറഞ്ഞാൽ എന്താ ഈ നസ്തിന് അടങ്ങിച്ചേർന്ന പല ബന്ധങ്ങളുണ്ടാവും ഇതിനിഷ്ടപ്പെട്ട പല കാര്യങ്ങളും അതിനുള്ള തൽക്കാലങ്ങൾ മുക്കി തന്നെ പതിവാക്കി കൊണ്ടുവന്ന പല ശീലങ്ങളുണ്ടല്ലോ ദുഃശീലങ്ങളെന്ന് പറഞ്ഞു അതിന് ഏഹ് ചെല്ലിയെ കൂട്ടിക്ക് പോക വേറെ ഐലി മാറ്റി ഒന്നും പോകില്ല ഞാൻ തിരികെ കഴിയുന്നു ഞാൻ ചോദിക്കൂണ്ടോന്നാണ് ചെല്ലുന്ന അത് കിട്ടാൻ വേണ്ടി പോവാൻ ചോറ് അത് കൂട്ടാൻ കൂട്ടിക്കളിയില്ല അതൊക്കെ അവൻ വേണ്ട എന്താ കിട്ടി പരിപ്പങ്ങി പറ്റി അച്ചാറിഞ്ഞി അച്ചാറ് പുള്ളി എന്താ കിട്ടുന്നു പൈച്ചോടാ അല്ലേ ചോറ് തരൂല്ല ഇന്ന് വലിയ പെയ്ച്ച് കത്തറം പറഞ്ഞു കൂട്ടാനില്ല കൂട്ടാനിലേക്ക് മേടിക്കില്ല ആ ചോറിങ്ങ് ഉളമ്പ് എന്ന് പറഞ്ഞ അവസ്ഥ വന്ന എന്താണ് ചോറ് തരാം പഠിപ്പിക്കുക എന്ന് അറുതി മുപ്പറഞ്ഞത് അതിന്റെ വിശപ്പിന്റെ കണക്കെത്തിയാ ചോദിച്ചാൽ കൂട്ടാൻ എന്താന്ന് ചോദിക്കുന്നില്ലെങ്കിൽ ചോറ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നോ മേശ വിശപ്പ് ചോറ് ഉളമ്പട്ട എന്താ കൂട്ടാൻ എന്ന് ചോദിക്കുന്ന ആരുണ്ടെങ്കിൽ ഉണ്ടായിട്ടില്ല ചോറ് സാധിച്ചാ വിശപ്പ് വന്നിട്ടില്ല കൂട്ടാനിപ്പതി ചോദിക്കുന്നില്ല ഉണ്ടെങ്കിൽ നിരക്കാൻ ഇല്ലെന്ന് ചോരങ്ങി ഉണങ്ങുന്ന മാത്രം പറയുന്ന ഒന്നാം ഉണ്ടായി ആ ജോലിക്ക് ശരിയാക്കുന്ന അത് പണ്ടി നിരക്ക് കളിയുണ്ട് ആ ജോലി പുതിയ കാര്യങ്ങളും ജോലി കവിനോണ്ടാവും ും പൈസ പതിനഞ്ച് രൂപ നല്ലോണം അപ്പൊ പലപ്പോ തഹ്മേരിയ അതെങ്ങനെയാ അത് മുറിക്കലെങ്ങനെയാ മുറിക്കല രീതി ബി ആ കഥ സുഹൃത്തുണ്ട് ബി തഹ്മേരിയ ലെഫ്റ്റിന് നല്ലോണം ചുമത്തി കൊടുക്കുക മാ തക്രവും അതിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും അത് മണി കാട്ടുന്ന കാര്യമെന്നുണ്ടോ അത് ഈ ലെഫ്റ്റിനെ പറ്റൂന്നുണ്ട് ിഹീന്ന് പറഞ്ഞില്ല അതേപാട് അല്ല എന്ന് പറഞ്ഞിരുന്നു എന്റെ ലക്ഷനോട് പറഞ്ഞ ഒന്നും കൂട്ടാത്തതില്ല എന്നാണ് വോട്ട് കേട്ടത് ഞാനെന്താക്കി ഇപ്പൊ ഹമ്മൽ തുഹാ ഞാൻ ചുമത്തിക്കൊട്ടു ഇങ്ങനെ മൽ ഹമ്മൽ തുഹാ മൽ ബഹാനു ഐസേറു ബാനിഹീന്ന് അൽ ബഹാനു ഞാൻ ചുമത്തിക്കൊണ്ട ചിലത് തന്നെ അതിന്റെ എന്താണ് മൽമൗത്ത് തെറ്റിപ്പോയി മൽ മൗത്ത് ഐ സേറു മാലിഹി മൗത്താണ് ഞാൻ ചുമത്തിക്കൊടുത്തത് ഞാൻക്കാണ് അത് ഏറ്റെടുത്താൽ ചെയ്യാനും അത്തരം അതിന് പകരം എനിക്ക് മരണം വെച്ചു പറഞ്ഞാൽ എനിക്ക് അതിനേക്കാണ് പറഞ്ഞ രീതിയിൽ ഞാൻ പതി വെച്ചു കൊടുക്കുന്നവർ ഇപ്പൊ എന്തായിരുന്നത് ഞാൻ എവിടെയാ പറഞ്ഞു അതുപോലെ എന്റെ തുച്ഛുമല അത് ചെടുത്ത് അത് വർദ്ധിക്കുന്ന രീതിയായി മറിയൽഹീൻ കാലത്ത് ഒത്തിഞ്ഞു അപ്പൊ തായ് നിൽക്കാൻ മതി ജീപാലി കവിയോ നീന്താവുന്ന ആണല്ലോ പിന്നെ ഇവരിൽ പറഞ്ഞു താഴ്ത്ത മൊത്താലേ അവർക്ക് പഴയ ജീവൻ തന്നെ പഴയ ജീവൻ പറഞ്ഞു ഇപ്പൊന്നും പാടിയ പിന്നെ ആദ്യ ഇതിനെ മാറ്റി നിർത്തുക എന്ത് ചെയ് ഗോ ആദ്യം ആഗ്രഹിക്കുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതിന് മാറ്റി നിർത്തി ആരുടെ പകുതിയിൽ ഇട്ടാൽ മതി ചെയ്യും ആരുടെ പകുതിയിലിട്ടിട്ട് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് അവരാക്കൊണ്ടല്ലോ വെട്ടേക്കുന്ന ഈ വെക്കേക്ക് വന്നിട്ട് അതേ രീതി തന്നെ ഈ ആയുധം അല്ല ആദ്യ ഏറ്റവും കടുപ്പം മാറിയ കാര്യത്തിലെ മൂന്നെണ്ണം നീക്കുക നിങ്ങളുടെ ഒന്ന് ഹബ്ബുൽ രണ്ട് ഹബ്ബുദ്ഞ്ച മറ്റൊന്ന് ഹബ്ബു നിസാ ഈ മൂന്ന് തരത്തിലുള്ള ഹബ്ബാണ് ഒന്ന് ജാ വേണം ഏടെ പോയത് എനിക്ക് പോലീസ് വേണം വലിയ താനും സീറ്റും അവർക്ക് ബഹുമാനം പെട്ടണമെന്നു ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ല അഫ്സാറൊന്നും ഓർഡല്ല പിന്നെ മറ്റൊന്ന് ഹബ്ബുദ്ഞ്ച വേണം കിട്ടിയാലും കിട്ടിയാലും മതിയാവില്ല മറ്റൊന്ന് ഹബ്ബു നിസാവ് അപ്പൊ അതിനൊന്നും പണ്ടു ഇനി മൂന്നാമത്തെ ജിഹാദേതാ ജിഹാദുഷൻ ഷൈഫാൻ എന്താ പറയുക തന്നെയാണ് സൈതാനോട് പറയുന്ന ജിഹാദില്ല എന്നോട് സൈതാൻ അജിഹാദിനെ അതിമീയ്യന്നെ ഇരുട്ടുണ്ട് ഇരുട്ടിനെ പോയിക്കാൻ എന്താ പറയുക ഇരുട്ടിനിങ്ങ് തള്ളിക്കളഞ്ഞള്ളൊന്നും ഇരുട്ട് പോലെ അത്യാ ഇരുട്ടിനെ പോയിക്കാൻ പറയുമ്പോ മത്സ്യം കത്തിക്കലോ വേറെ മറന്നൊന്നുമില്ലെന്ന ഈ പാത്രത്തിന് വായു കടന്ന് വായുവിനെ പൈക്കാനെന്താ മാറുകയുള്ളൂ അത് കുറച്ചും വെള്ളം ചോദിക്കുന്നത് എൻഗേജ് ആക്കിയാ സീറ്റ് കുടിക്കുമ്പോ വായു പോരാക്കുന്നു മറ്റൊരു യോഗം ചെയ്യുന്ന അപ്പോടെ അന്നാരെ കൊണ്ട് നല്ലോണം സുഖായിക്കുള്ള ചേട്ടൻ അനുവദിച്ചേക്കുക ഓരിക്കും ചാൻസ് ഉണ്ടെങ്കിൽ വിലയേണ്ടി വൈകില്ല എൻഗേജത്തി അൻപൂ ജൈവത്തല്ല വൽപത്തി അൻപൂന്ന ഓനത്ര ഇങ്ങനെ എടുത്ത് ഉണ്ട് വെലേനെ കളിപ്പിക്കാതെ കണ്ട് റന്താ കൊടുത്തു മറ്റും അവസരം കിട്ടുന്നില്ല ഒഴിഞ്ഞിട്ട് എടുക്കും കൊടുക്കേ ഒന്നും മറ്റേ ഒന്നും മറ്റതിലേക്കാൻ ചോരാറും പെൺ തന്നെ ചൈതാന കടയാൻ വേണ്ടി പ്രത്യേക മാർഗീല്ലന്നാ റന്ത എന്ന് പറഞ്ഞേ ഒരു പാത്രത്തിന്റെ വായു വേണ്ടി ഒരു മാർഗം ഇല്ല കുറഞ്ഞാലൊന്നും പോകില്ല ഇനിച്ച് വെള്ളം കീത്തി വെച്ചോളൂ വെള്ളം കിത്തിയേക്കും വായി ഒന്നിട്ട് പോയിക്കോളൂ എത്ര വെണ്ണം ചോറ് ചെയ്ത് അത്ര കണ്ട് കുമര വരുന്നതാണ് മഴയും എന്തുകൊണ്ട് ഇപ്പൊ അദാപത്ത് അടുബ്വി അതുബിനോടുള്ള അദാപത്ത് അവിടെന്താക്കാം മഫലിലേക്ക് ഇല്ലാപ്പത്താക്കണം അദാപത്ത് മസ്തറാണ് മസ്തറിനെ എന്തിനേക്ക് ഇല്ലാപ്പത്താക്കി അടുബിന്റെ അദാലപത്ത് എന്ന് മനസ്സിലാവൂല അടുബിനോട് അദാപത്ത് കാട്ടൽ ഇവിടെ എന്താകുബ് സൈതാൻ ഷൈതാനോട് അദാപത്ത് കാട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ ഹക്കൻ യഥാർത്ഥത്തിരി ഇഷ്ടുകാലത്ത് മഹബത്ത് ഇൻ ഹബീബി ഹക്കാൻ ഇവിടെ നമ്മളെ ഹബീബൻ അമ്മാവാരെ ഹബീബാക്കി ചൈത്താൻ അദൂബ് ആക്കിയിരുന്നു അല്ലെ ഇവനോട് അദാമത്ത് പ്രകടമാക്കൻ ഓനോട് അധാമത്ത് പ്രത്യേകം ചെയ്തുകൊണ്ടല്ല ഈ ഹബീബിനോട് കൂടുതൽ കൂറു പ്രത്യാ മതി എന്നെ നേരം പോയി പോകും അതുമാറ്റി അദാപത്ത് കാട്ടിക്കാട്ടിക്കാട്ടി നേരം കുടുംബർക്ക് ഇവിടെ വേണ്ടെടുക്കാൻ സമയം ആവില്ല അപ്പൊ നിങ്ങൾ വിദ്യാർത്ഥിനോടുള്ള പല എന്ന് പറഞ്ഞാൽ മുഖാമുഖം ഉണ്ടാക്കിയിട്ട് കുറെ വാക്കും വസ്ത്രം ഉണ്ടാക്കിയാൽ പോലെ സുന്ദത്തിനോട് അയാസാക്കിയാൽ മതി ഉണ്ടാവില്ല എന്നാൽ തന്നെ നമ്മൾ ഉണ്ടാക്കണം ആ നിങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരാണ് നമ്മൾ സുന്ദത്തിന് അയാത്ര നിങ്ങളുടെ പോലെ മുഖാമുഖം ഉണ്ടാക്കി കൊറേ ബന്ധനും കെട്ടി ഒരാശി ഒരു ഫലം സമയം കിട്ടാതെ മാത്രമല്ല മറുപടത്തൊന്നും കഴിക്കില്ല അതാണ് നല്ല എടിക്കില്ല വിദ്യാർത്ഥേറാകുന്ന അദൂബിനോട് അതാകത്ത് എങ്ങനെ പ്രളമാക്കണം നിങ്ങളെ ഹബീബാരാന്ന് അബീസം നമ്മളെ പ്രശ്നത്തിനൊക്കെ നല്ലോണം പോവുക എത്തിക്കണം എന്നാ പിന്നെ അതാണ്ടല്ലോ ഇതിവിടെ ഇവാക്കിയിട്ട് ഓരോ ആളെ എതിർത്താൻ പോയി കഴിഞ്ഞുകൊണ്ടെന്നില്ല അതിനുപോട്ട് വിജയിച്ചിട്ടുണ്ട് ഓരോരുത്തർ നമുക്ക് ആവശ്യത്തിന് സമയം ഇല്ലാണ്ടും പോയി എന്താ പറഞ്ഞത് കാണമ്മ മുത്താലോക്കും അതും ഭക്തീ അതും തീർച്ചയായും സൈതാൻ നിങ്ങളെ അതുംബാണ് അവനുവാക്കണം നിങ്ങളെന്നും അപ്പൊ ഇത്തിഹാദ് അകൂബൻ സൈതാൻ അകുബാക്കലെങ്ങനെ ജൈ അതിന്റെ അർത്ഥം തന്നറിയോ വരലക്കും ഹബീബൊൻ ഞാൻ നിങ്ങളുടെ ഹബീബാണ് എന്നാണ് അതിന്റെ മൊത്തവുകൾ ഹബീബ നിങ്ങൾ എന്റെ ഹബീബാക്കി വെച്ചോളീൻ എന്നാണ് അതിന്റെ അർത്ഥം വരിക സൈതാൻ അതുമാക്കാന്ന ഹബീബിനെ ഹബീബാക്കുക എന്ന അർത്ഥം പറയുന്നത് ശരിയാ അപ്പോ അവണം തീർന്നു കഴിഞ്ഞത് പറയാൻ ബാക്കിയുണ്ട് മുസ്ലീഗ് പറയാത്ത ചിലതല്ലോ അതാണ് അവാറ്റെന്ന് പറയാൻ ബാക്കിയുണ്ട് അല്ല ജനങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടോ ജനങ്ങളും മൊത്തത്തില് വല്ലാതെ ചെല്ലും ചെയ്യും ഇവനൊന്നിനും കൊടുക്കില്ല ഇവരെ പൊരിച്ചാക്കാനും വർത്താനം പറയാനും കേട്ട് വിരുടാനിക്കാനും കൊടുക്കില്ല റൂത്താനും കൊടുക്കില്ല ഏഹ് അടുത്താലും മുടുവിലും എല്ലാവരും പണിന്ന് പറഞ്ഞു തന്നെയാണ് അടുത്തൊന്നും കാരണത്തിൽ ഞാൻ ട്രിപ്പായിട്ട് പുത്തുമൊക്കെ ഈ വൈകി വാദം വെച്ച് പൊന്നു ഞങ്ങൾ കൊല്ലം പള്ളിയിൽ അവിടെ വയ്ക്കും അമ്മ പോലെ സ്വഭാവം കിടക്കാതെ ആണ് ഞാൻ ഒന്നിനെ നാ വായിച്ചിരുന്നായി സമയത്ത് ചെയ്തു വെള്ളിയാഴ്ച പാമ്പുറത്ത മക്കന പണ്ടപ്പ ഒന്നിനും മുട പോക്കി ഞങ്ങൾ ഇടങ്ങാതാക്കും അതൊന്നും അതാ അല്ലാസിനി കൊണ്ടു കൂടെ വാക്കിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞില്ല നാസ് ഇന്നും അവർ അക്ബറിൽ അവാട്ടത്തിൽ വലിയ കൂട്ടർ തന്നെ വാക്കുമ്പോൾ കവാറ്റിലി കാട്ടിന്റെ കൂട്ടത്തിൽ വഴിതറിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും വടക്കും തന്നെയാണ് നാസ് ആരിക്കും അവരോടൊപ്പം നിന്നു പോകുന്ന ഓർ വരുമ്പോൾ മാറുകയെ പോണിന്നിട്ട് മാറുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഓറൊപ്പം കൂടി പോയി ഈ നാട്ടായി പോയെങ്കിൽ അത് തന്നെ അതാസ്തീ മുഖാബരസിഹിൻ അവരോട് മുഖാബല ജയിലോട് ചോരമായി ഓറു പോലും പെട്ടെന്നാളായിട്ട് അവർ കളിക്കുന്ന കളിക്കലിൽ ഒപ്പിച്ചിങ്ങനെ സമയം ഇല്ല ഇതൊന്നും ആയിബായി അതിലേക്ക് ഇത്തിപ്പാത്തില്ല എന്നാൽ പൈസ സീനുള്ളത് എന്തിനാണ് തന്നെയാ നിന്നുള്ളത് സീഹിൻ അളവിൽ മുങ്ങി ആ ഇങ്ങനെ വെച്ചാൽ മതിയല്ല അതിഫാ ചീജി അവർ ഹൈസ്നെ തൊട്ട് വായിപ്പാകാം എന്നിട്ട് ചോറടങ്ങി തന്നെ ഞങ്ങളുടെ മുങ്ങി എന്നാ മണിയാവൂല അത് ഒന്നു മാത്രമല്ല അത് നല്ല കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും അത് നമ്മളെ സ്വാധീനിക്കുന്നില്ല ഓറ കാട്ടിക്കൊണ്ടെന്നെല്ലാം ഹിസ്റ്റിനെ തൊട്ട് തായി പാടുക ഓറെ മതനോ നമ്മിനോ അതാണല്ലോ ഹിസ്റ്റിലെന്താ ഉണ്ടായാലും ഓറെ മതങ്ങൾ നമ്മും ഓറയിക്ക്രാമും ഞാനത്തൊക്കെ എന്തല്ല ജ്ഞാനത്താക്കിയത് സമയം പോകും ഇറാമിന്റെ ഓരോടൊപ്പം കൂറാകാനുന്നുണ്ട് ഞാനൊരു സമയം പോകും ഇക്റാമും നോക്കുന്നില്ല ഈഹാനത്തും നോക്കുന്നില്ല മധവൻ നമ്മുടെ രമും നോക്കുന്നില്ല അഹിസിനോട് ഇതാക്കി വായി പാടി ഓരോന്നാക്കി നിർക്കണ്ട അതോടൊപ്പം അഴിമപ്പിക്കുകയും അവരുടെ കൂട്ടത്തിന് ഓരത്താക്കി ഏർപ്പെടുകയും ചെയ്തു അറ്റൗസിലായിരുന്ന പിന്നെ ഈ പരമ്പര മീലല്ല ആ അത് കണ്ണോട്ടും പിരിച്ചെടുക്കാം അങ്ങനെ വരിക്കത്തായ അവർ ആയി മാറിയിട്ട് ലഘു ഇവന് അവിനൻ അരത്തറത്തി മാറ്റത്തിന്റെ തറത്തിന് സഹായം മാറുകയാണെങ്കിൽ എന്ന് മാത്രമല്ല ഇവനെ കൊണ്ട് ഓർ നേരെയാകാനും കാരണം ഇപ്പൊ മൊത്തം കൊള്ളി കുഞ്ഞാൻ ആര് കുടിക്കാൻ പോലും ഊപ്പറത്തെങ്ങനെയുള്ള ഊപ്പറ് വായിച്ചു തുടക്കുകയുള്ളൂ അപ്പൊ ആളല്ല എന്നിരക്ക് തന്നെ ജനങ്ങളെ വിചാരിച്ചാണ് ഓറെ കൊണ്ടുപോകുന്നില്ല ബോർ കുഞ്ഞതിനനുസരിച്ച് നിങ്ങളൊന്നും ഒരുക്കുക അല്ലെങ്കിൽ പോയിക്കൊള്ളിക്കും നിങ്ങളെ വേണ്ട പൊയ്ക്കൊള്ളിക്കും ബോറെ സ്വാധീനിക്കേണ്ട ഓറെ ടെഞ്ചാം കൊള്ളത്തോട്ട് തെറ്റുന്നുണ്ട് അന്ന പോയിക്കൊള്ളി അകത്ത് നടക്കണം ഈ സ്ഥലത്ത് കാണിക്കാപ്പുക അതിലേക്കൊന്നും ഹൈക്കോട്ടെ നമ്മൾ നമ്മളെ പണി നിങ്ങളെ പറ്റി വന്നാലും നമ്മൾക്ക് നമ്മളെ പണിയേണ്ടത് ആ വളബ് വന്ന പരിപാടി ഇതായിട്ടുള്ള തറത്തിൽ നല്ല സഹായമാണ് അള്ളതല്ലോ ആ മാലിപ്പത്തിനേക്കുള്ളതല്ല ഒത്തിരി മാറിയിട്ടുണ്ട് ഇതിലേക്കാണ് സോചിപ്പിച്ചത് അഷാര ശരി ചോദിത്ത അബ്ദുറഹ്മാനും വാനർ ഹൈത്തു ബിഹിം ഞാൻ ആ കൂട്ടത്തിൽ എന്തായിരുന്നു അറിയോ ഇങ്ങനെ കഴിഞ്ഞെടുക്കുന്ന ഒരാളായിട്ട് കൂട്ടത്തിൽ കൂടി അപ്പൊ നോക്കുമ്പോൾ ഹജുബുൽ അക്ബർ അവർ വല്ലാത്ത ഹിജാബുകൾ തന്നെയാണ് ആരൊക്കെ നോക്കിട്ട് ഓറെ ഹിസ്റ്റിനെ കൊണ്ട് അടിഞ്ഞു ചേർന്നിട്ട് ഓറെ ഇക്റാമിന് നമ്മൾ മതം മുതലായി കൊടുത്തു ഇഹാനത്തിന് നമ്മൾ പ്രതികരിക്കുന്നത് ഓ ഓരോ വടക്കൊക്കെ മതങ്ങൾ തന്നെ വരികളിലേക്ക് വെടികൾ ഇതൃലക്കിങ്ങനെ പൂട്ടി നടന്നാൽ നമ്മുടെ കാര്യം പോകാം അത് ഹുജുബുൽ അക്ബർ എന്നാൽ മതങ്ങളും അവരുടെ മത അവരിൽ തന്നെ മതങ്ങളിൽ കൊണ്ടുവരുന്നത് മറ്റുള്ളവര്യെ മധുഹാരും അള്ളേ കറക്കാനുള്ള മധുഹനും അവിടെ തന്നെയുണ്ട് അവരിൽ തന്നെയുണ്ട് അത് മറ്റൊരു ഉപയോഗപ്പെടുത്തിയ കണ്ടിനും പറ്റും അതാക്കാൻ പഠിക്കണം പഠിക്കണെങ്ങനെയുള്ളൂ അവരുടെ ഹിസ്റ്റിനൊണ്ട് വായ്പാകാംന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് പ്രകടമായി നമുക്ക് അനുഭവപ്പെടുന്ന കാര്യം എന്താണോ അത് പ്രത്യേകം നിരക്കെ കണ്ട അവർ ഒരാട് കുറ്റം പറയുന്നു ഇങ്ങനെ ഒരാട് വിമർശിക്കുന്നു അവരടുന്ന് പറഞ്ഞോട്ടു ആ തീർന്നു പറഞ്ഞു തീർന്നോട്ട് കൊറേ അങ്ങനെ പറഞ്ഞു പറഞ്ഞു തീർന്ന ആ നമ്മൾ നന്നാളെ നമ്മളെ ഹൈലാക്കി കൊറേ ഇക്രമാക്കി നാളെ ഇക്രാമല്ലോ കഴിഞ്ഞാ കഴിഞ്ഞേ ഇക്രമാക്കിതാക്കുന്ന ചിലപ്പോൾ ചിലപ്പോ ദൈവം പറ്റൂ ചെറിയ അവർ പതിക്കര കൊണ്ടുപോകുന്നു وَلَا كَالَ لَيْجَوْنَا مَا فَأَكُبْ عَلَيْهِينَ تِكَالَ لَسْتَالِيَهِينَ عَيْكُرْتُنْ وَلَّا تَكِرَهُمْ إِلَّهِ وَنَدَلْ لَهُمْ هَتِي قَرْتِكَنْنِهِ قُلْنَا وَقَالَ فِي لِكَ مِلْبَرْنُّوْا إِنَّمَا عَلَيْهِمَ الْبَرْضَانِ إِنَّمَا أَجْرَ الْأَذَاءَ عَلَ اراد ان يذيقك عن كل شيء الا taala تكون ساكن الى شيء ين و وشكم يقول सांगितले இப்பொழுது என்ன இன்னமா अदर ალア عليهم عليهم நல்ல அவிர்கோடு அ ஜனங்களே வந்து عليهم அந்த ஆருக்கு ஈ சாதிங்களுடைய மகா மார்க்கு அரபும் ada nang narti endira kai la ta kunra sa kina wala na kirti patun le നടത്തിയന്തിനാ ഇല്ലാത്ത കോ ആളിലേക്ക് അടങ്ങിക്കൂടാതിരിക്കാൻ വേണ്ടിട്ട് താക്കിന് ആകാൻ പാടില്ല എടുക്കാനാ ഇങ്ങനെ ദുഃഖം ഓരോ ദുഃഖം പറയുമ്പോൾ നിയമസിക്കാനും അതിവ മാതൃമെങ്കിലും അന്യായീകരിക്കാനും നിന്റെ ഭാഗത്ത് നീന്ത നടത്താനും ഏഹ് നിങ്ങൾ പറഞ്ഞ ശരിയല്ലേ ഇങ്ങനെ വികൃകരണം നടത്താനെ പോയിട്ട് ഓരോന്നും ശരിയാക്കാനാ പോകുന്നു അപ്പൊ നമ്മളെ ഡ്യൂട്ടിയിൽ നിന്ന് പോയി അവരെ പോലെ താക്കിന് വരുന്ന കൺകുല് കയ്യൻ എല്ലാ വസ്തുക്കളുക്കുണ്ടാക്കണം അത് വെടി മാത്രം നീ ജനങ്ങളെ കൊള്ളാ നിന്ന് പാക്കീനായി പോയെങ്കിൽ ഓരോ അടഞ്ഞു ചേർന്ന് പോകുന്നത് കണ്ടിട്ടാണ് ഓരോന്ന് ചെറിയ അട ഉണ്ടാക്കുന്നത് വീണ്ടും ഓട കൊണ്ട് അടഞ്ഞുകൊണ്ടാൻ പറ്റില്ല നിന്നു പോയിക്കാൻ പറ്റും എല്ലാ വസ്തുക്കൾ തന്നെ നീ അടാകണം അന്നാവരെ കൊണ്ടും മറങ്ങുന്നത് എന്താ ഇവിടെ നിന്ന് ഈ ആ ഈ അഥവാ ഇതിനെ പ്രതികരിച്ചിട്ട് വീടാ വീണ്ടും ഇതിനെ കടുക്കാൻ പേടില്ല ചാറ്റ് അല്ല ഈ അഥ വരുന്ന വീണ്ടും അതാ പഠിക്കാം വേറെ കണ്ടോ അതിനെ കൊണ്ടെ ഈ ഓർക്കാണില്ല അതാ എല്ലാത്തിനത്തൊട്ടും നിന്നെ തീ ചെയ്യണം ആക്കി പഠിക്കണം എത്രപേന ഇരാ ചൈന നിനക്ക് ദുഃഖനുണ്ടാകാൻ പാടില്ല ആറി നമ്പാൻ പാടില്ല اذا اعرفت بردو ناسنا فشفيت الشيطان وردو الواقع لما قال اكملتا من غفر بردو في شئل الشيطان من نفسي الشيطان نفسي انت قاربت لهم إليه وعطوا وردو الواقع نعم وذا علمت أن الشيطان لا يغفل عنك فلا تغفل عنك فلا تغفل عنك عم الناس يتكب يده إنما جعله لك عدبا ിൽ പറഞ്ഞതാണ് അത് ശരിതാ കിട്ടുന്നു നാല് അവാുക്കള് അവാായിക്കല്ലാന്നാണ് നമ്മള് പറയുന്നത് അതൊന്നെനിക്ക് അനുഗ്രഹമാണ് ഞാൻ നിങ്ങളെ കളിവാടി ചേച്ചി പെട്ടെന്ന് നോക്കിയാൽ നിങ്ങളെ നിങ്ങളെ പൂർത്തിയാക്കില്ലല്ലേ അതല്ല ഈ കളിവാൻ ചേച്ചാ നിങ്ങൾ അപ്പം പോയി കുളിക്കാൻ പോകും അപ്പൊ നിങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കളിവാടി ചേച്ചി എന്നാ പറയുന്നു അത് ചൈകാലും അപ്പൊ പൊളിപ്പിക്കാൻ പോയി ഞാൻ ചെടികാരി തേറ്റ പറയുന്നു ചൈത്താൻ നെത്തിന്റെ കാര്യത്തിന് എന്താ പറയുന്നത് അത് ചൈത്താൻ ആ അറിഞ്ഞാൽ അലപ്പാല ലാ യുലു ആൾക്കാൻ നിന്നൊരിക്കല്ലാൻ നിന്നെ പൊടിക്കൂടാനുള്ള സാഹചര്യം നോക്കി നിൽക്കുന്നു എന്നാ പല തകപ്പുൽ നീ വപലത്തിലാവണ്ട നീ ശരിക്കും നിന്റെ കഠിനാണ് നാണ്ടത് നീ അഫലത്താപുണ്ടാവും അന്മാർക്ക് അങ്ങനെയാണെന്ന് നിൽക്കുന്ന ഒത്തുനോക്കണം അപ്പൊ പിശാദിനെ മുമ്പിൽ മുഹമ്മദ് ഇല്ലാതെ നൃത്തി എന്തിനാണ് നീ അള്ള കൊണ്ടുപോയില്ലേ അന്നാട്ടി എന്തിനാണെന്നറിയോ ഈ അതുപോലെ അള്ളാഹാലെ വളച്ചു കൂട്ടാൻ വേണ്ടിട്ടാണ് എടുത്തേക്ക് അള്ളാടെ കൊണ്ട് അതുകൊണ്ടാ അന്നു അയാളെന്താ അത് ഓയി അതിനെപ്പറ്റി കൊണ്ടാകെ അത് പിന്നെ വിചാരിച്ചാക്കി ഊരി കുറിക്കാൻ പറ്റും നെസ്സിനെ പറ്റി വന്നപ്പോ അയക്കാൻ നിന്നെ നെസ്സിനെ അന്നാഹി വിട്ടത് അറിയോ ദീ മി അള്ളാഹുവിനെ കൊണ്ടേപ്പുമാര താഴ്ന്നു നഷ്ടമ നെപ്സിനെ കൊണ്ട് വെറുതെ തരാമൊക്കില്ല ഒറ്റാമസ്കനാമസ്ഥാ മതി അവിടെ അറിയിക്കൂടിപ്പോല ചെറുക്കത്തിൽ വായിപ്പും നാല വായ്പും പറഞ്ഞില്ലേ അന്നഹാവിന്റെ അവാുത്തല്ല അറുപത്ത ഈ പറയപ്പെട്ട നാല് അവാുക്കൾ ഭിന്നി അവായിക്കാൽ ആരും ദാക്ക് അതിനോടൊപ്പം ഒന്നിച്ച് കൂടിപ്പോയാ അതുകൊണ്ട് ഏജാമു നൽകപ്പെട്ടാണ് അവാരെ മറിച്ച് അവരുടെ മുഖത്തിൽ കൂടിയാൽ അതിന് നമ്മുടെ പാട്ടേക്ക് വെച്ചിരത്താൻ വെയ്യും എങ്ങനെ നിരക്കാണോ എന്നാൽ പിന്നെ അവാായി പന്തം ഞത്തിനോടൊപ്പം ഒന്നുമില്ല അപ്പോൾ അവാസ്റ്റ് ഈ ഹത്തി അവന്റെ ഹത്തിൻ മഹോനാത്തും എന്നാണ് ും ഇവരെല്ലാവരും കൂടി ഇവനെ പായിരിക്കും ഇവരെല്ലാവരെയും കൂടി ഇവനെ തട്ടിരിക്കുന്നു അപ്പോൾ മു അവാില്ലാതെ നിക്കും തന്നെ മനസ്സിനെ പോലെ ആവുകയാണെങ്കിലും വിഹാദവും ഉണ്ടാവൂല ഓജിയുണ്ടാവൂല അങ്ങനെയാണ് ചെയ്തു വരാം ചെറുതി പക്ഷെ ഇപ്പഴല്ലി ഇപ്പൊ നമുക്ക് ഉഷാറായി പ്രവർത്തിക്കാനുള്ള കാര്യം ചെയ്യും തെയ്തം ഓരോ തെയ്തോ തഹത്തും കാണ്ടി വന്നതും മൈതാനികളില്ലായിരുന്നുവെങ്കിൽ നടക്കൂണ്ടായിരുന്നു താഴെ നടക്കൂല നത്തകൊണ്ടായി യുദ്ധം ചെയ്യേണ്ടി വന്നു യുദ്ധം ചെയ്തപ്പോന്നു അതുകൊണ്ടായിരുന്നു ൂട്ടിരിക്കും ഒരു വായിക്കും അതേ സാധനത്തിൽ മറ്റൊരു ഗൂത്രത്തിൽ നോക്കിയാലോ പ്രോത്സാഹന ജനകമായ ഒരേ സാധനം രണ്ടുപാട ആരാപ്പാതി കണ്ട് കാണാത്ത ഇരുത്തായി മാറി കണ്ണുറക്കുരുപ്രകാശം കൊണ്ടാണ് നമ്മൾ കണ്ണു തോന്നലിൽ നിന്ന് കാണാനുള്ള സാഹചര്യം അത് ഒരു പ്രകാശം കൊണ്ടുണ്ടായിരുന്നു സാധനം ഹബീബും ഒരു നിലത്ത ഹബീബായി മാറിയിരിക്കുന്നു ആർക്ക് ഇതിനെക്കുള്ള ദുഃഖ കണ്ട് ഇതിന് തിരിച്ച് മറ്റൊരു വധീൻ കൂടെ അതും ആരൊക്കെ എന്തുകൊണ്ട് നിലനിന്ന് ഹസൈ കത്തി ഹസൈക്കത്തിൽ പറഞ്ഞാൽ മാസം അയില്ല ഹബീബോട് ഹബീനെ ഉള്ളു ഹബീബിനെ കൊണ്ട് നോക്കിയാണ് അതും ആവുന്നുണ്ടോ ഇല്ലയോ ഹീമിനെ കൊണ്ട് ചേർക്കുകയാണെങ്കിൽ ഇതാരല്ല അതും വല്ല ഹലീഫ് ചേർന്നത് ഹീബിലേക്ക് ചേർക്കുന്നതും ഹബീബാണല്ലോ അല്ലേ വജ്രൻ ഹബീബാർക്കൊള്ളാ ഈ ഒറിജിനൽ ഹബീബായി അള്ളാവിനേക്ക് ചേർക്കുന്നതായിട്ടാണ് ഇത് മാറിയതെങ്കിൽ അദീബിലേക്ക് ചേർക്കുന്നത് ഹബീബായി അപ്പൊ ഹബീബും അബീബിലേക്ക് ചേർക്കുന്നുണ്ടാവും എന്തുവാദം ഈ ഹബീബിലേക്ക് എത്തിക്കുന്ന തൊട്ട് അറിയുന്നു എന്നാൽ അഥവാ അപ്പൊ നമ്മുടെ പരിഗണന എത്തിയേക്കാം അനുമാതമ്മ ഹബീബ് അബീബിന്റെ വാദത്തിൽ നോക്കീസ് കൊറേ കാവൽക്കാരെ നാല് പാല് നാല് കാളിക്കാറ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പുറത്തെ വന്നപ്പോ ജയിക്കാനും ഇപ്പുറത്തെ വന്നപ്പോ ഞാസ് ഇപ്പത്തെ പദവി കറങ്ങാനില്ല അതെന്തിനാസ്വാദിപ്പം ഞാൻ ആരാണ് കാതി ആരാണ് സ്വാദിപ്പം മണിപ്പെടുത്താൻ വണ്ടി കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാവൽക്കാരത്തെ ആ ഹെറാസിൽ കൂടി تاکہ کافی میرے مرد دیتا اللہ علیم حکیم اور اللہ میرا نہیں ہے اپتے نہیں ہے تو نہیں لا اندر لا میرے نور سودی محبت جون او ان انا الٹ اٹھو یہ محبت محبت یہ کہاری سنریو حاجی کو ار جب محبت دیریو اور تو بھی محبت يا رب صالحو يوم الصبر مين قال لي؟ انت والله عليك هات لي منها كيف ان <سؤال> امر الله وهو من اداتهم بهذا ال الامر اداه لل파يدي فصا നേരം പോയാൽ എനിക്ക് തീരം കൊണ്ട് തരാമസിക്കാൻ അവസ്ഥ വളരെ അറിയാം അപ്പൊ ഈ ശരീരത്തിന്റെ അവസ്ഥ കൂടി ഞാൻ ഭൂമിയിലേക്ക് ഓഹിന്റെ അവസ്ഥയോ ഒന്നാമത്തിലേക്ക് അപ്പൊ ഈ മോഹിനിന്റെ ഓരോ നാടാണ് അന്യ നാടാണ് ഈ ശരീരം അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് അതിന്റെ എപ്പോ ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോണം ഇങ്ങോട്ടും പോണോന്നാണ് പക്ഷെ അതിനെന്താക്കുന്നില്ല ഇവിടെ അത് മുടക്കം കിടന്നു മുടക്കങ്ങളിലെല്ലാം ഒന്ന് ബദൽ ബദലിന്റെ താല്പര്യങ്ങൾ തിരിച്ചു കിട്ടല്ലേ പിന്നൊന്ന് നെസ് എന്ന് പറഞ്ഞിട്ട് ഈ മുകളിലുണ്ടാക്കിയാഗ്രഹം അസതു അസൂയ മുതലായ പനയെ ദുഃഖിച്ച് നെസ് കിടാൻ ദുഃഖഭാഗങ്ങൾ ഒരു തടസ്സം പിന്നെ പടപ്പ് ഒരുപാട് തടസ്സം പടപ്പുള്ള പോലെ തടസ്സമുണ്ടല്ലോ കുഞ്ഞാത്തിന് ചൈത്താൻ വിഭാഗത്തിൽ തടസ്സം ഇവരോടെല്ലാം എന്താക്കണം സമരം ചെയ്യണം എന്നാ പറയുന്നു ജിഹാദിപ്പൊക്കുല്ലുമിഹാദാൽ മൽ എല്ലാ ഓരോരുത്തരും എങ്ങനത്തെ ആദാ കും ഈ പറയപ്പെട്ട മൂന്നോ നാലോ തടസ്സങ്ങൾ ഓടില്ലേ മൂന്നെണ്ണം മുത്തന്നി പണ്ണി നാലാമത്തെ കൂടി ഉണ്ട് കാര്യം അപ്പൊ മെയ്ത്തിൻ പറഞ്ഞ മൂന്നും സാരിയെ കൂട്ടിച്ചേർത്ത ഒന്നും കൂടി എത്രയായി നാല് ഈ നാല് കാര്യങ്ങളിലേക്കാണ് ഈ പറയപ്പെട്ട നാലിനെ ഉണ്ടാക്കി ആസ്വദിപ്പിച്ചു ജിഹാദോ ജിഹാദിനെ ആസ്വദിപ്പിച്ചു പമ്പിച്ച ജിഹാദോ ഓരോന്നിനോ ഇവന്റെ ജിഹാദാകുന്ന കുത്ത നാലായിരിക്കുന്നു ഈ പറയപ്പെട്ട ഓരോന്നും ിഹാദ്ന്ന് പറഞ്ഞാണത്തിലാണ് ഇപ്പൊ ജിഹാദ് ഉള്ളത് എന്നാൽ അതിനൊരു പരം കിട്ടണ്ടേ ആ പരമാണിത് അന്ന് ജിഹാദ് ചെയ്യാനും അടിയന്മാറാജിക്ക് നമ്മളെപ്പോൾക്ക് അവർ പ്രകടിപ്പിക്കുന്നുണ്ടാകും അസാധാരണ സംഭവം കണ്ടോ ജിഹാദിന്റെ തീർച്ചയായിട്ടേ അപ്പോൾ ോട് ജിഹാദ് ചെയ്ത രണ്ടുണ്ട് പതിനോട് ജിഹാദ് ചെയ്ത രണ്ടുണ്ട് ചേട്ടവണ് ജിഹാദ് ചെയ്താരുന്നുണ്ട് മനുഷ്യന്മാർ ജിഹാദ് ചെയ്ത രണ്ട് കാണിക്കേണ്ടി ആറ് തരം ജിഹാദാ വേണ്ടത് അവ നാല് തരത്തിലുള്ള പരവും പറയാം ീ മൂന്ന് പ്രതിബന്ധങ്ങളോട് മുജാഹ ചെയ്യാൻ ഒരാൾ രംഗത്ത് തയ്യാറായിട്ട് വന്നാൽ തരാത്ത് ബെയിറ്റിലേക്ക് നോക്കിയിട്ട് അതിൽ അറുപത് ഈ അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ നാലുകൂടി ചാരി ഒന്നുകൂടെ കൂട്ടിയിട്ടുണ്ട് അവർക്കന്നും വേണ്ടവർക്കുണ്ടോ അതാ മാറിന്ന് പറഞ്ഞത് അങ്ങനെ ഒരാൾ തയ്യാറാക്കി വന്നാൽ അന്നത് കബറ് അത് യുക്തി മുഖം ആവും അന്നാള മുത്താര ആദരിക്കും ഈഹോദിൽ കറാമാ അസാധാരണ സംഭവങ്ങൾ ആദാത്തിനെ മുത്തിട്ട് ആരത്തിമേ അല്ല എന്റെ പണി അസാധാരണ കറാമത്തിന് കൊണ്ടു കരാമതത്തിന് രണ്ട് രണ്ടു ഹിസീണ് മാനവീയുണ്ട് എന്നാ പറഞ്ഞു ഒന്നെങ്കിൽ ഹിന്ദി ആയ കറാമത്താകാം അല്ലെങ്കിൽ മാനവീയായ കറാമത്താകാം അതെല്ലാം ഉദാഹരണം പറയും ുംക്കാംബിൻ മക്കരിച്ചു മക്കാമോ ഇവനിപ്പോ ജിഹാദിന്റെ മക്കാമേതാ നബ്സിനോടാണെങ്കിൽ അവിടെ വെച്ചത്തില്ലായിരുന്നു തന്നത് നാസിനോടാണെങ്കിൽ അങ്ങനെ പിന്നെ ബദറിനോടാണെങ്കിൽ അങ്ങനെ ഓരോ മക്കരിച്ചു എങ്ങനത്തെ ഹായ് അവരിൽ വെളിഭാവും ഹാരിഫ് ഓരോ അത്ഭുതങ്ങൾ എങ്ങനത്തെ അത്ഭുതം എലി കുബിഹി അതിനോട് അനുയോജ്യമായിട്ട് അല സദലി ഓന്റെ ഹാലിനോടും അനുയോജ്യമായ രീതിയിലുള്ള അപ്പോഴൊന്ന അപ്പോൾ മുജാഹദത്തിൽ ബദലി ഒന്നാമത്തത് വൈനമായ ആദ്യത്ത് തടത്തേത് ബദന ബദലിന്റെ താല്പര്യങ്ങളോട് ഉണ്ടാക്കുന്ന മുജാഹദി എന്താണ് തുലും കുടിക്കലേ ഭക്ഷണങ്ങളിലെല്ലാം അമിതമായ രുചി ആർഭാരങ്ങൾ ഇതെല്ലാം കുറെ കുറച്ച് കുടിക്കണം നടന്നിട്ടുണ്ടോ അടിയാക്കാം അത് ഉള്ളത് തന്നെ അമിതമായ വേറെ നിറഞ്ഞിട്ട് കൊത്തിയെടുക്കാൻ പാടില്ലാന്ന് വിവാഹത്തിന് മുടക്കാത്ത രീതിയിലായിരുന്നു ധരിക്കേണ്ടത് അരാരേ ധരിക്കുകയുള്ളൂ എന്നുള്ള നിബന്ധന ഉണ്ടാവണം അതുപോലെ ഉറക്കിലൊന്നും തന്നെയാ പറഞ്ഞത് വസ്ത്രത്തിനൊന്നും തന്നെയാണ് അതിനുമായി ബന്ധപ്പെട്ടതാണല്ലോ അതെല്ലാം ഭക്ഷണം വസ്ത്രം പാർപ്പിടും ിൽ ബദിഹുൽ കറാമത്തിൽ ഹിസ്സീത്തു ഹിസ് ആയ കറാമത്ത ഒളിപ്പെടാം കാരണം ബദൽ ഹിസ് ആണല്ലോ ഹിസ്സിയായ കറാമട്ടാണെന്നും അതെങ്ങനെ ആ ഹിസ്സിയ കറാമത്ത് രണ്ടിലുണ്ട് ഇമ്മാൻ ഹിസ് ഒന്നെങ്കിൽ ഹിസ്ആ ഇബാദത്തിന്റെ മാർഗത്തിൽ കൂടി ബദനിനോട് എന്താക്കി മൊജാ നടത്തിയപ്പോൾ ഹിസ് ആ ഒരു കറാമത്തു വന്നു എന്തായിരിക്കും ഇബാദത്ത് ഹിസ്റ്റി ആയ കണക്കില്ലാ നടക്കാത്ത കിട്ടി ലോണിക്ക് മുടിച്ചിട്ടില്ല നാളുകൊണ്ട് എത്ര ചെല്ലിയാലും ഒന്നില്ല ഒരു മുടിച്ചപ്പോഴില്ല ഒരു മടികില്ല ഹിസ്റ്റീയായി മാത്രത്താണല്ലത് പിന്നെ അക്ക ഹലാത്തിനുള്ള മാധുര്യം പോലെ പല രീതിയിൽ മുനാജാ മുനാജാത്തിന്റെ മാധുര്യം പോലെ അങ്ങനെ മകനിനോട് പറവരുത്തിയാൾ ഹിസ്റ്റിയായ കറാപത്ത് കിട്ടൂന്നാ അവര് ഹിസ്റ്റി എന്തുണ്ട് ഒന്നിക്കിൽ വിഭാഗത്തിന്റെ ജയത്തിൽ കൂടി അതില്ലാഗത്തിൽ കളിക്കുക അതെന്താ അങ്ങനെ കിട്ടൂന്നെന്താ കറിവ് സ്വന്തം തകൾ പറഞ്ഞു മൺഅണ്ല്ലായി അമ്മാന്റെ വധുവിന് വേണ്ടിയിട്ട് ഇവരാന്റെ കണ്ണ് ജമ്മി വന്നാൽ അനാവശ്യങ്ങളെ നോക്കൂലാണവട് പാസാക്കി എന്റെ കണ്ണോണ്ട് അനാവശ്യം വെച്ചാൽ ആണല്ലോ ഒന്നാമത്താൽ അവന് കൊടുക്കുമെന്ന് ഹരീപ്പിനുണ്ട് ഒരുതരം വിവാദത്ത് ആ വിഭാഗത്തിന്റെ മാധുര്യം അവനിക്ക് ആസ്വദിക്കാൻ അന്നത്തെ വിഭാഗത്ത് അപ്പൊ മധുരവരം ആ വിഭാഗത്ത് കൊടുക്കും അതാണല്ലോ ആ കാമത്തെ ഹിസ്സിയായ വിഭാഗത്തിൽ കൂടി കിട്ടി മറ്റൊന്ന് ഇമ്മാമിൻ ജിയത്തിൽ നിഭാഗത്തിൽ എന്ന് പറഞ്ഞത് മറ്റേ മണി ഇമ്മാമിൻജിയ ഹർക്കിൻ ആഴത്തിൽ ഹിസിയെത്തി പൊളിക്കുന്ന രീതിയിലുള്ള വേറെ കളാമ പോവാ ഉദാഹരണക്കാൽ മഷി അരൽമായി വെള്ളത്തിൽ കൂടി നടക്കുന്ന വരള്ള ഹിസ്സിയായ കടക്കൽ എന്നത് സാധാരണ അല്ല മുങ്ങനാവധികൾ ഇവരെന്താക്കും വള്ളത്തിന്റെ മൊഴി കൊടുത്ത് ഹിസിയായതാ മയറാണി പിന്ന വായുമണ്ഡലത്തിൽ പറക്കന് പോലെ മൈലോ ഭൂമി ചുരുക്കനു പോലെ കുറഞ്ഞ ദൂരം നടിയ ദൂരം പോകുന്ന സമയം കൊണ്ടിരുന്നത് തട്ടിക്കടത്ത് നോക്കല ഭൂമി അതൊക്കെ മൃഗിമുടകുന്നു മഴ തസ്മീരി പൊടിമൃഗങ്ങളെല്ലാം അവന് തസ്നീറാക്കപ്പെടുക അനിയും കുതിരയും മെച്ചത്തിലുണ്ടാക്കാം ഇതൊക്കെ ഹിസിയായ വസ്തുക്കളാം അതുപോലെ ഭക്ഷണ സാധനങ്ങൾ എവിടെ നിന്ന് റക്കമന്ത് ചെയ്യുന്നുണ്ട് വൽമായി അതുപോലെ വെള്ളം കൊണ്ടുവരിക വൈബിളിൽ നിന്ന് പോയിരുതാനില്ല എങ്ങനെ ഹിസ്സി ആയ ആരക്കൊണ്ടാകത്തി അല്ലെങ്കിൽ ഹിസ് ആയ വല്ലാത്ത ഈ ഭാഗത്ത് രണ്ടാമുണ്ടാകാം എങ്ങനെയാ അപ്പൊ ഓരോ മക്കളെ തെരഞ്ഞെടുപ്പം പറഞ്ഞു പറഞ്ഞ വല്ല സീതയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഇളക്കി വിളന്ന ലത്തുകളുന്നു മുത്തമന്നത്താനത്തിനോട് തവം പണ്ടില്ല മാനവീയായ തറാമത്തം നടന്നീയല്ല ഇതുകൊണ്ട് ആ മാനവീയായ കറാമത്തത്തിനും പകങ്ങിൽ ഒരോ ഒരുപാട് ഒഴിവടെ വല്ലാതെ പഹമ്മ തിരിയ ഏത് കടപ്പുണ്ടാക്കും ഓരിക്കും വല്ലാതെ തിരിവാട പഹ് ഈ പറമ്പ് മഴയായ കാര്യങ്ങളല്ലോ കാര്യം തിരിയാനുള്ളത് പഹമ്മിന്റെ വാതകം നോക്കുക ഏത് കടപ്പട്ട ഒഴിവുമായി നിരക്കണ്ട അതിന് വേഗം എടുത്തു വാക്കാനുള്ള തീയതികളൊക്കെ വല്ല ഒമ്പിലപെട്ട് വരിക നിഷ്പ്രയാസം കാര്യങ്ങൾ ഒരു ഇരുമു പൊളിച്ചാലും പൊളിച്ചാലും പൊളിച്ചാലും തിരിയുന്നില്ലാതെ മനസ്സില് കയറുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് പരിഹാരമാണെന്ന് തിരിഞ്ഞു ലഫ്റ്റിനോട് ജഹാദ് ഇതാ മതി ബദനോടല്ലാണ്ട് ജഹാദ് ലഫ്റ്റിനോട അതിനവസ് പറങ്ങുകളുടെ വിശാലതകളെ വർദ്ധിക്കാം ഒരറ്റ പന്നിലല്ല അവന്റെ പകങ് നിൽക്കുന്നത് ഈതും തിരിയുന്നുണ്ട് അതും തിരിയുന്നുണ്ട് മറ്റേം തിരിയുന്നുണ്ട് ഏത് പന്നാണോ പണ്ട് ആ പണ്ണിലെല്ലാം അവന്റെ പകുമ്പോൾ കടന്നില്ല ചിലർക്കുണ്ടാവും ഒരു പന്നിൽ മാത്രം പണമുണ്ടായോ വേറൊരു പന്നിൽ ഭഗമുണ്ടായിക്കൊള്ളുന്നില്ല ഓറോ മിശന്റല്ല അത് മാത്രം തിരുങ്ങി പോക്കുണ്ട് ഇതല്ല ഇത് പരക്കിയാ കിടക്കുന്നു എന്തുവാണെങ്കിൽ അതുകൊണ്ട് അപ്പൊ അതേതാ ഒരു തരം മാനലി ഞാൻ കറാമത്താം ഇനി മറ്റൊന്നുണ്ടവസീക്കൽ തെഹസേക്ക് നേരത്തെ ഉണ്ടായതിനേക്കാൾ യക്കീൻ ശക്തി ചെയ്യുക ഇൽമുൽ ജക്കീനാണെന്ന് അയുൽ ജക്കീനായി മാറി അയ്യു ജക്കീനാണെന്ന് ഹക്കുൽക്കീൻപുനെ മാറും ഓരോ നരവുകൾ മറ്റുള്ളവരുടെ നെത്തെല്ലാം പ്രശ്നങ്ങളാക്കാൻ കഴിയില്ല മറ്റുള്ളവരുണ്ടാൾ കൊണ്ട് വല്ലാണ്ട് തുഞ്ഞാവിൽ തന്നെ കെട്ടിത്തെറിഞ്ഞു കളിക്കുന്നവരുടെ നെറ്റ് വരും വാറമിയാസത്തിലേക്ക് വാങ്ങുന്നു അരക്കെ വലിയ വെച്ചിട്ടുണ്ടാകും മടക്കാൻ കഴിയില്ല മണക്കെല്ലാം കഴിഞ്ഞാ അതിനെ കഹർ ചെയ്ത് ജീവന്റെ കീഴിലാക്കി ിൽ ജലാലിമൽ മഹാബത്തിൽ പടപ്പുകടുതക്ക് വലിയ മഹാബത്തും ജലാലത്ത് തങ്ങൾക്കെല്ലാം പറഞ്ഞേക്കല്ല ഒരു വകുപ്പ് മുതകം മുഖം നോക്കി മസാമെന്ന് പറയാൻ കഴിയുമില്ലാതല്ല ജലാലത്ത് ഈ ജലാലത്ത് ഉൾപ്പെടുന്നു ഇതെല്ലാം എന്തിനാൽ ഉണ്ടായിത്തീരുന്ന മുജാഹതത്തിൻസ് മതന്നോടല്ല പക്ഷെ ആകട്ടെ മതനോട് മുജാഹരലേക്കല്ല മുജാഹത കാരണമായി തീരും المريد الله يعني منامع الدور للحديثين أدعى تغرب النوال حديثاً إنما يرحم الله من عباده ورحمة آمده حديث الله سبحان <تصفيق> <تصفيق> سبحانه وتعالى رحمته يليل أولا عرمه للنين روحمه ورحمه أترمه نواله رحمته ورحمته ورحمته ورحمته ورحمته إن حديثين منتركاً متونة ിന്നമായ റഹമു അന്നാഹു താരെ കാരുണ്യ പ്രത്യേകമാണ് കാരുണ്ണൻ ചരിച്ചത് അവരടിഞ്ഞോടിൽ നിന്ന് ആരോടാണ് റഹമാത്രമാണ് എന്നുള്ളത് അപ്പോ റഹ്മത്ത് എന്ന വസ് എത്രത്തോളം ഉണ്ടോ അത്ര കണ്ട റഹമ്മിങ്ങനെ ഇറക്കുമതി ചെയ്യാൻ ഇന്നുണ്ടോ അപ്പൊ ഇതിൽ നിന്ന് എന്താ വരുത്തിയത് പറപ്പുകളോടല്ലേ ഇവറമത്ത് പടക്കുകളോട് കാരണം കാട്ടുകാരനോ വളരെ ജ്യാദു വളരെ ഇവന്റെ മനസ്സിന്റെ സമ്പുചിതാവസ്ഥയും അസതല്ലോ ഒഴിവാക്കല്ലേ സ്വാർത്ഥ താല്പര്യം കൂടി ഒഴിവാക്കല്ലേ മറ്റുള്ളവരോട് കാരണം ഉണ്ടാവുള്ളൂ അപ്പോൾ അള്ളാർ റഹ്മത്തിന് കിട്ടൂന്ന് ഇപ്പൊ പറഞ്ഞോണ്ട് ഇവൻ ഇവൻ റഹീമാകല്ലേ വേണ്ടത് ഇവൻ റഹീമാരെ ഓട്ടോമാറ്റിക്കായിട്ടാവൂലോ അതോ ഇവന്റെ നെഫ്സിന്റെ സങ്കുചിത മനോഭാവമാണ് നെഫ്സിനോടുള്ള സുഹ് സുഹുണ്ടായിക്കഴിഞ്ഞാൽ വള പാകം പകർത്തു കൊടുക്കാൻ തോന്നില്ല സ്വാഭാവിക കൊടുക്കാൻ തോന്നില്ല ഹാത്തായ വളവർ താങ്ങനുണ്ടാവൂല അപ്പോൾ സുഹിനോടും ബുഹലിനോട് മറ്റുള്ളവരോടുള്ള അത്തതിനോടൊക്കെ പടം കൊടുക്കുമ്പോഴേ എന്തുണ്ടാവുകയുള്ളൂ ഇവനിക്ക് റഹ്മത്ത് എന്നുള്ളത് തിബത്ത് കിട്ടുകയുള്ളൂ ഈ റഹ്മെ തിബത്ത് കിട്ടുമ്പോഴെന്താ ഇന്നേ റഹ്മാ ഒന്നാമത്താനാണ് റഹ്മത്തിന് ശരിയുണ്ടാവും നബിയേ റഹമുള്ള എന്ന് പറഞ്ഞതാണ് ഏത് കറാമാത്ത് അർറംറാൻ എന്ന് പറഞ്ഞ റഹീം ആവൽ എന്ന് എന്താണ് യെ ജിഹാദ നഫ്സിനോടുള്ള ജിഹാദ അനേ ഇസ്തിദാലം സെയ്ച്ചാ യെ ഹദഗ മാറുന്നോ എന്ന് പറഞ്ഞ റഖൂലി അസ്തറ മൽ ഖാഫം മിനല്ലാഹ് അല്ലാഹു യെ തമതിച്ച ഒരാൾ പേടിച്ചാൽ ഖാഫഹു കുല്ല ശൈനെല്ലാം വസ്തകുന മോനെ പേടിക്കുുന്നോ എന്നാണ് അപ്പൊ മൺഹാപ മിനാന്ന് ജിഹാദ ആ ജിഹാബിലുണ്ടായിത്തീർന്ന പലസിദ്ധിയാണ് ഏത് അതാ പറഞ്ഞതാ തസ് പൂത്ത് കറൂറുണ്ട് ബഹുറുൽ ജലാസമുൽ മഹാപത്തിൽ പണപ്പുകൾക്കെല്ലാം അവനോട് ഒഴിപ്പെടാനുള്ള മനസ്സിൽ ഇങ്ങോട്ട് തോന്നിട്ടതാണേക്ക് ഇത് പെട്ടെന്ന് നോക്കിയാലേ കിട്ടൂല മുജാഹദമി മുജാഹത്തിൻ ഷാനി മുഹത്തിൻ നഫ്സിത്തായി പോയതാ അതുണ്ടായിന് അതുകൊണ്ടല്ലി മൂന്നാം നമ്പർ ഷെയ്താനോടുള്ള മുജാഹദ കാരണത്താൽ തമഹർ ഉൽ കറാമണത്തുൽ ഹക്ക അപ്പോഴാണ് ഹക്കൈക്കയ്യായ കറാമത്ത് ഉണ്ടായത് മറ്റേ ആഘോഷികമായാപ്പത്തിന്റെ കറാമത്തുകളോ ഹക്കൈകയ്യായ കറാമത്തെന്ന് പറയുമ്പോഴങ്കിൽ എന്തുവേണം സൈതാനോട് ജിഹാദ് വേണം അതെങ്ങനെയാണ് ഇപ്പായഅനായിരിക്കും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അമ്മാവ് ഏറ്റെടുത്തിട്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കാം അവന്റെ മുട്ടവട്ടി അമ്മാകുമായി നീ നടത്തിക്കുവാനും കാര്യം മുട്ടാക്കലില്ല പിന്നെ അവർ ശത്രുക്കളെ വന്ന ശത്രുക്കളെ കൈകാര്യം എന്താ മന്നാലാജി വലിയ ഡോക്ടറുടെ ആനന്ദഹൂബി ലാബു ശത്രുക്കളുടെ പടപഴ്താൻ അമ്മാവ് ഇല്ലാത്ത ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നയിക്കുന്നത് ഞാൻ തന്നതാണ് കപാമില്ലെന്ന് പറഞ്ഞതാണ് ഇത് രണ്ടാമത്തെ ഗീതായുക്കുന്ന മലാതിമുമായ എല്ലാ വഴി വരവട്ടും കപായത്തിനകത്തൊട്ടും അമ്പാത്തല്ല കാട്ടല്ല അപ്പഴമല്ലോ അത് ഈതത്തിൽ അതിമാകുന്നു ഇതാണ് അസീയായ കറാമത് എന്ന് പറഞ്ഞത് വേറെ അത്ഭുതങ്ങൾ കാട്ടല്ല എന്തല്ല അത്ര വലിയ ഒരു മുന്തിയ കറാമത്വം അല്ല عدودة الدين من تجلنغنا مبارك وكياً هذا كله ليه قوله من اللهم أظن دعالي قوله تعالى الله تعالى ورده إِنَّ عِبَادِينَ لَيْسَ لَكَ عَلَيْهِمْ سُلْقَانِ أَلَوْنَا بَلَيْسِ نُورِي كَنَّكُ اللَّكْ شَأَرْكَ فَتَفْرَكْتَيَغَا لِمَغَلُمْ بِنَهِ عِبَادِينَ لَيْسَ لَكَ فِشَاجَةَ مِنَكِّ اللَّهَ عَلَيْهِم الإطاط Może ربطًا الله إلى الل اللهיכه قدر ليس لهو سلطهن على اللiğين إخف 위에 تركه هائمون وما يا ربه يا جة إفتح whether ربيك quanna و były سكت إيم ربي سبحcere وا Getركfore ربينة و wo原عكم أقسم وابع تركه ما خicano على ربه يعUB وعريك من پروضك عرمه من سيطانك الله يعترض للصواتين و Muslims അപ്പൊ ഇതില്ല ഇനി ഷാരീഫ പറഞ്ഞ് അതിവിടെ പറഞ്ഞില്ല ഇത് ജനങ്ങളോടും ഇപ്പൊ മൂന്നെണ്ണം മൂന്ന് മടിച്ചി അതുകൊണ്ട് എന്താ ഉണ്ടായിത്തീരുക അതും ഇവിടെ ഉണ്ടായില്ല പറഞ്ഞല്ല എ കലാമത്ത് പറഞ്ഞു മാനവികളാമത്ത് പറഞ്ഞോ അസൈകരിയായ കലാമത്തും പറഞ്ഞു എസ് സി മാനവീയമായ എല്ലാം ഒസീര മാത്ര ഇവാക്കിയത് അസൈകര കലാമത്ത് കൂടെ കിടക്കുന്ന സൈക്കാളിടുക്കാനും കഴിയൂല കാര്യത്തിന്റെ മുഴുവൻ അതാകുകയും ബലാറത്തും വരൂല വിശാലിന്റെ വസുബത്തും വരൂല നസ്റ്റിന്റെ അറിയമ്മയും വരൂല അതെല്ലാം ഉണ്ടാവത്തരമാണ് ജീവിക്കുന്നത് അത് കിശാന്റെ ചെറുപ്പമില്ല നസ്റ്റിന്റെ വസുബത്വവും ഇല്ല പെരുന്നെ കൊണ്ടുള്ള ചെറുപ്പവും ഇല്ല സസ്ത്രത്തിലുള്ള അറിയുമില്ല ഭക്ഷണം കൊണ്ടുള്ള കാറ്റില്ല എല്ലാം വരുന്ന പുറത്തുനിന്ന് വരണം ഉണ്ടോ എന്ന قلت أنه من دورك أن تتعاميه مبورثوه أستامه قلت أنه مبورثيه قلت أنه لأهرب أخيراً لأهرب أخيراً فثم بينا أحلى هذه الخوائف أحلى من الوضع هذه الخوائف هذه الأحلى منذ يأتي عنه وَيَا مِن النُّفوذ فِي كُوموني كَمَا يَكُونُ الْحَبُّ فِي الْغُوسُونِي وهي خوائف كلنا عدات النوتين അത് ഈ കൊമൂണിന് തന്നെ ഓരോ നെപ്സ് കളി മറഞ്ഞുകിടക്കുന്ന അവസ്ഥയിൽ അവൻ ഉണ്ടാവുന്ന നമ്മൾ കുഴിച്ചിട്ട് വണ്ണം കൊടുമ്പോ വണ്ണം പുറത്തുനിന്ന് ഉള്ളി നിറവായിട്ട് എടുക്കുന്നല്ലേ ഇതേ മണലിൽ ഉള്ളി ഉറവായിട്ട് വരണ്ടതാണ് പുറത്തുനിന്ന് വരേണ്ടതല്ല വലിയ ഈ സവാറക്കുള്ള ഈ കൊമോണിൽ അത് മറഞ്ഞ് കിടക്കുക അവസ്ഥയിലാണുണ്ട് കുമ്മുവൻ മടഞ്ഞുകിടക്കുന്ന അവസ്ഥ മറഞ്ഞുകിടക്കുന്ന അവസ്ഥയിലാണുള്ളത് എവിടെ മറഞ്ഞു കിടക്കുന്നു അതിന് ഇവിടെയാണെന്നുള്ളതുവരെ കമാണൻ ഹബ്ബുസോൻ ഒരു മരം ഇങ്ങനെടുത്ത് നോക്കിയാൽ മരത്തിന്റെ കൊമ്പ് തള്ളി ആ മരത്തിൽ നിന്നുണ്ടാകാൻ പോകുന്ന കായും അതിന്റെ ഫലങ്ങളൊക്കെ അങ്ങനെ ഉള്ളിൽ മറിഞ്ഞു കൊടുക്കുന്നുണ്ട് പുറത്ത് വിരുത്തില്ലെങ്കിലും പക്ഷെ അത് പുറത്തുവിടുന്നുണ്ടെങ്കിൽ കുറെ ചെറുപ്പക്കാരുണ്ട് അതിനോടാണ് നമുക്കൊരു താരോഗ്യം ചെയ്തത് അതുകൊണ്ട് ആയി കൊമോ എന്ന് പറഞ്ഞാൽ അൽ ഖഫാഉ മർജദാ വ തതറു യെസ്മായി കേറക്കാണല്ലോ വല്ല മീറു ഫീഹിയ ഹോഹിയ എന്ന് പറഞ്ഞ രമീർ യഹൂദു അലാമ തമമഹു ഖൽ ഖൽ ആദാനുള്ള ഖൽ ഖൽ നാദ ആ ഖൽ ഖൽ നാദ പിൻ മജ്മൂം എന്നല്ലേ കറാമാത്തുകളെ ഉലവമൈ ഇധറാകാത്ത് മുതലായ കാര്യങ്ങളെ കമറിനിർക്കുന്നാണ് അന്റെ തോട്ട് അതിലേക്കാണ് നോവണ്ട് വലിയ അളവിൽ വരുമെന്ന് അല്ലാ അൻദിയ അൻദിയ ലുലൂമിൽ ഇധറാകാത്തി വൽ ഖവാരിഖുൽ കറാമാ യഹരി അല്ലാ തൻതായി അനിൽ ഉദൂമ വൽ ഇധറാകാത്തി വൽ ഇധറാലാ സർക്കിൽ ആദാത്തി യകാമിലതുൽ ഹബിയതു ബിന്നഖൂസ് കനayi ഉദൂമകളെ ഇധറാകാ അല്ലാമട്ടൻ ധർമ്മക്കത്തൻ എന്ന് പറഞ്ഞ ഓരോ ഇതിലാക്കാത്ത വലിറ്റുതാറാണ് കണക്കില്ലാതെ അത്ഭുതങ്ങളെ ഇവിടെ കാഴ്ച വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ കഴിവ് ഇതെല്ലാം ഇയാ അത് മുഴുവനും കാമീനത്തും അത് മറഞ്ഞ് കിടക്കുന്നു അത് മറഞ്ഞ് കിടക്കുക ഇവിടെ അഞ്ച് പൂസോൺ ഉദ്ദേശിക്കുന്നതാ നമ്മൾ സമരം ചെയ്ത് ശത്രുവായി കണക്കാക്കീത് മറുവശം നിർത്തിയൊരു പൂട്ടല്ലൂസ് ജിഹാദിന് വേണ്ടി നിർത്തി ജിഹാദിന്റെ മുഖാന്തിരിച്ച് ആ ല്സ് ആണെന്ന് വെക്കരുത് അല്ല അറിവാ അറുവാറാകുന്ന ലഫ്സിനാണ് ഉദ്ദേശിക്കപ്പെടേണ്ടത് ലഫ്സിന്റെ രണ്ട് പ്രതിയോഗമുണ്ട് പൊതു മനുഷ്യനെ പൊരുത്തക്കറില്ലാക്കുന്ന നമ്മളെ ശത്രുമായി കണക്കാക്കപ്പെടുന്ന ഒരു തരം അവസ്ഥക്കം എന്ന് പറയും ആ ലഫ്സുകളിൽ ഒരു നമ്മൾ വിജരാക്കാത്തും മറന്നു കിടക്കുന്നു എന്ന് വെച്ചുകൂടാ അത് പായിക്കേണ്ട മറ്റൊന്നുണ്ട് നഫ്സൻ നാട്ടിക്ക എന്ന് പറഞ്ഞ നക്സാ അതിനാണല്ലോ നഫ്സും അകലും കൽവം റൂഹം സിംഹം അഞ്ച് മറത്തതെ അഞ്ച് പേര് കൊടുത്തത് ആ മുഖത്തക്കാരെ ഊഹ ആ ഊഹ നമ്മൾ ഉദ്ദേശിക്കുന്ന രക്ത എന്ന് ഉദ്ദേശിക്കും അപ്പൊ ഇത് അപ്പം റോഹിന്റെയും ചെറിയ മക്കാമിലേക്ക് വെളിപ്പെടലിൽ നെഫ്സിന്റെ മക്കാൻ ആരും അഞ്ച് മറക്കപ്പെടില്ല പിന്നെ അതേ സാധനം എന്തോ കൊച്ചക്ക് മാക്ട്രിയെന്നുള്ള പേര് പറയും കൊച്ചക്കു കൊണ്ടുപോയി കൺപൂന്നുള്ള പേര് പറയും പിന്നെ ഊഹ എന്നുള്ള പേര് സിറൂമെന്ന പേര് പറയും ഈ അഞ്ചു പേരോട് അറിയപ്പെട്ട മൊത്തം മേടാ ഒരൊറ്റ സാധനം ഏത് മനസ്സെന്നെ തുടർന്നാക്കിക്കുന്ന ഊഹ് അതായത് അതിനാലാണ് കുളിച്ചുകൊണ്ടു പോകുന്ന സാധനം മനസ്സിനെ മനസ്സിലാക്കി നമുക്ക് സാധനം ഇല്ലേ അത് കുളിച്ചുകൊണ്ട് പോയാണി ശരീരം എന്തായി തുറും ബോഡി സാധനം ഒരിക്കുന്ന എടുക്കാതെ ഇന്നത്തെ പ്രകാശത്തിന്റെ കാലം എടുത്തോണ്ട് പോയത് ബോഡി അതിങ്ങനെ നമ്മൾ എട്ടോ കുളിപ്പിച്ചോ മഴ അടിക്കുന്നു നമ്മൾ ഉപയോഗിച്ചില്ല ചെയ്യുന്നു അറാനും അതാരണപ്പറ്റി അല്ലേക്ക ചെയ്യുന്നു നാളെ പുതുവല്ലും അങ്ങോട്ട് പോയത് ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് നത്തിന്റെ മക്കാമെന്ന് മറഞ്ഞ് ഇടക്കിയത് അവള് ജ്യാദ് ചെയ്തിട്ട് ചെയ്തിട്ട് എറിയുമ്പോളാണല്ലോ അത് ചെറുദ്ല്ലാം അവസ്ഥ അപ്പം മൊഴിക്കഴിഞ്ഞാ അപ്പൊ അതിൽ നിറവാഹ് നമ്മൾ പറയാൻ കൊടുക്കുന്നതിന് നപ്പൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തത്തുപക്ഷത്തിൽ നിർത്തി നൊപ്പൂസ് ഉണ്ട് മൂന്നാള കൂട്ടത്തിൽ നിർത്തിയ ആ നഷ്ടാണെന്ന് വിചാരിച്ചു കൊണ്ടാണ് എന്നാ ലി എൻ കാരണം അറുപ എന്തിനാണ് ഓരോന്നു ഇതാക്കാത്ത എല്ലാ കഴിവുകളും അതിന്റെ ഉള്ളിൽ നിന്നടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന് അറു അത്തിന് കബത്തും നൂറിൽ ജബറൂത്ത് ജബറൂത്ത് നൂറല്ലിൽ നിന്നുള്ളൊരു നേരത്തെ ഞാൻ പരമ്രാവിധം പറഞ്ഞിട്ടുണ്ട് മണ്ണല്ല സാധനം അതുകൊണ്ട് വലിയ ആ റോഡ് ആനീമത്തൻ കാതിരത്തൻ മദീദത്തും സമീഹത്തും ബസീറത്തും മുട്ടകല്ലിമത്തൻ നന്നാൽ എക്സ് സിഫാത്തോർത്തല പറഞ്ഞിട്ട് ഒന്നാ ഉറുത്ത് പിന്നെ മായും മഴനിയും അറ്റിഫാത്തോർത്ത് കുതിരത്ത് യഥാഗത്തെ എഴുന്ന ആയാത്ര ഏഴ് സിപാത്ത മുതൂരുന്ന കുടുംബത്തിനായിട്ട് സിപാതകളും കൊടുത്തിട്ടുണ്ട് നാം പിന്നീട് കുറ്റീരത്ത് ഈ ഹാവിയിൽ ഹയാക്കിയിൽ കത്തിപ്പത്തി ഈ കട്ടി കോടിയായി മണ്ണോട് നന്ദിക്കപ്പെട്ട ഹൈക്കറുണ്ടല്ലോ ഈ ബാഹ്യ ശരീരം ഇതിനകി ജയിലിലടക്കപ്പെട്ടപ്പോൾ കമൂൽ അഫീഹാലിക്ക് അപ്പോഴാണോ ഞെട്ടു നീക്കുന്നത് അതിൽ മൊഴിക്ക് പാട്ടാ റോഹൻദിബുമോ പേരുപത്തി ഈ ലോകവുമായി തീരെ ബന്ധമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞെന്നെങ്കിൽ സിറും ഉള്ള പേര് വന്നു ഫ്രീ ആയി ലോകമായി ബന്ധമുണ്ടായിട്ടില്ലാതിരിക്കുമ്പോൾ നോക്കി നോക്കാൻ പോകുന്നു പിന്നെ ശരീരവുമായി ബന്ധപ്പെട്ട തിരിഞ്ഞിരിക്കുന്ന അങ്ങനെ വരുമ്പോൾ കമുനീനാ സിറു ആ സിറും അതിൽ മറഞ്ഞു നടന്നു പോയി വധം ഞെഹർ മീന്നു അതിലൊന്നും തെളിഞ്ഞില്ല തെളിഞ്ഞു വരുന്നില്ല ഒന്നും തെളിഞ്ഞില്ലാതെ പറയുന്നില്ല ീ പായ അല്പമല്ലാതെ ഇത് ആകത്തനുസരിച്ചിട്ടുണ്ട് മനുഷ്യന്തുണ്ട് ഇറാളത്തണ്ട് എമണ്ട് തന്ത്രണ്ട് കരാമുണ്ട് ആര് പൊതുവെ തെളിഞ്ഞു തരുന്നുണ്ട് ഇതുകൊണ്ടെല്ലാം അവരെ രീതിയിൽ പൂർണ്ണ ബാധിക്കാതെ വേണ്ടി തൊഴിലുണ്ട് ഈ ബിഹാർ ചെയ്യുമ്പോഴെന്താക്കും ഇവന്റെ പുതുവത്തിന് അപാരമായ പുതിരത്തായി മാറും ഇവന്റെ അപാരമായ ഇറാളത്തായി മാറും ഇവന്റെ തണ്ണ അപാരമായ തണ്ണായിട്ട് മാറും ബസ്റ അപാരമായ അതായത് ബഷരിയായ വഴപ്പ് പോയി കുന്ത്കളിലെ നീരസനീ ബസ്സറുകളിലെ നീലസിനു ബിഹി കുണ്ട് ഞാനായി മാറുന്ന അഭിരാഹിയായ പവറുണ്ടാക്കും അറിയും ബഷരിയായ വേർപ്പം കൊണ്ട് പോയി അപ്പോൾ നൂറ് കൊടുത്ത് തെളിഞ്ഞു വരുന്നുണ്ട് അച്ഛരി ഇനി ഇവിടുത്തെ അർത്ഥം നടക്കണം ഈ കണ്ട് അന്നാളുവിന്റെ മറന്നെയ്യാത്ത എല്ലാവരും ഉപയോഗപ്പെടുത്തുകയില്ല ആ നിലക്ക് ജനാളകൾ നടത്തുമ്പോൾ ഉണ്ടാവും സാധാരണ അല്ലാത്ത സാധാരണ ശബ്ദം ഇതു മന്ദിര കാര്യം ദൂരത്തിനാലോ കൗ കീലുണ്ടാവും അതെ സാരി ഇറങ്ങി ഉണ്ടാവും ശബ്ദം കേട്ടില്ലേക്കാ മറങ്ങിന്നു ശബ്ദം കേട്ടില്ലേ അസാധാരണ അല്ലല്ലോ അല്ലെപ്പിച്ചു മുമ്പ് ഞമ്മ അപ്പൊ അറിവ് ബസറുകൊണ്ട് കലാബ് കൊണ്ട് എൽമുണ്ട് കുതിരത്തിന്റെ വിളാദത്തിന്റെ ഹജാത്ത് ഉണ്ട് ഇതെല്ലാം അന്താ സാധനം ബസയ്യത്തോലും അത് ചെറിയ ചെറിയ ബാക്കികളാണ്ചാരങ്ങൾ എന്തിൽ നിന്ന് തിബാഹിയിൽ ആ തിബാത്തിൽ നിന്ന് ഇതേ നിന്ന് നസ്ക്കായ അവസരത്തിലും കൊടുത്തപ്പോ കുറെ മറഞ്ഞ് കടന്നു അതിൽ നിന്ന് ബാക്കി പൊതി കിടക്കുന്നതാണ് ഇപ്പം കാണുന്നത് ശമ്പളം വസ്ത്രം ഇതൊന്നും ണി പൂർണമായും പുറത്തു കൊണ്ടുവരണം അകുതിന്റെ മേലിൽ അത് മറഞ്ഞ് കിടക്കുക അല്ല വെളിപ്പെട്ടു അതേസരത്തിൽ വർഷത്തു അച്ഛന് മുഴുവന് മഴ മടഞ്ഞു കിടക്കുന്നു അസിൽ മടഞ്ഞു നടക്കുന്നുണ്ട് അപ്പം ഒരു പത്ത് മുഴ മണ്ണ് കുതിർത്താണെങ്കിൽ ഒരു ഇഞ്ചി മുഴുവൻ പുറത്ത് കാണുന്നുണ്ട് ബാക്കി ദേശിന്റെ പൂത്തിന് മറഞ്ഞ് കിടക്കുകയാണ് ഇനി ജിഹാബിന് മണ്ണിനെ കൂടുമ്പോ മുഴുവനോട് പുറത്തു വരും തല അപ്പൊ മസീദി ആ ഗത്തെ കഴിഞ്ഞി പൊനാകായി ഇതാണീയപിടെ കണ്ണിൽ അല്ല ഇതുപോലെ ഒരു മരക്കൊമ്പിൽ അതിലങ്ങിയ ധാന്യങ്ങളും പഴങ്ങളൊക്കെ അറങ്ങിയതുമാണ് പറയുന്നത് ആ വിധാന ഓടിമുണ്ടോ മരത്തിന്റെ കൊമ്പടുത്ത് നോക്ക് കത്തി അതിന്റെ റിത്തും ധാന്യങ്ങളും അത് മറക്കാനുണ്ടല്ലോ ബുദ്ധിമുട്ടല്ലോ പോർട്ടുണ്ട് വന്ന് അത് കൊണ്ടുപോകുന്നില്ലല്ലോ അതിൽ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് പക്ഷെ അത് പുറത്തു വരണമെങ്കിൽ കുറേ നിബന്ധനം നോക്കാനുണ്ട് അപ്പോഴെപ്പോ മറന്ന് കിടക്കുന്നു മീനെ തോന്നുന്നു ആരിയത്തെ മീനെത്തിമാർ സീസൺ അല്ലാത്ത അവസരത്തിൽ മറന്നു കിടക്കുന്നു അങ്ങനെ മുഖമൊക്കെയുള്ളൂ അല്ലെങ്കിൽ ഹിമാലന്റെ സീസൺ ഭാഗത്ത് മറന്നെടുക്കാ മറന്നിട്ടില്ലാത്ത എല്ലാവരും വന്നിട്ടുണ്ട സീസൺ അല്ലാത്ത സമയത്ത് മറന്നെടുക്കുന്നുണ്ട് പോലെ ابا فايدا نزل الماطر مالا ورسكتشك النار انهم بأي كانت يحيان وارعاد الرعد فنالك هايو تونام مالا ورسكنام يدي بطنام ايه ايه لما النار اخرضت اوراقها ابنت اوراق اللا اينا قرطب النار ماتنا رحاء قطن قرطب النار ثمارا رحاء بلن قرطب النار يدي يدي, يدي اتنام مينن برغاشينام قاتن ايجنام مارين بيجنام ناد سيبقنام ും മഞ്ഞും കാറ്റും വെള്ളം എല്ലാം കിട്ടണ്ടെ വൈരാട്ടാറിക്കാണോ വിശാല കാട്ടുന്നത് ഹട്ടായിര ഇവിടുന്നോട്ട് എല്ലാം ഉപമയും കൂടിയാണ് മസനടിക്കാമേ ഓപ്പിച്ചിട്ട് ഹറ്റായി ഊതൂ ഇത് മറന്നു എത്ര വരെയാണ് ഹറ്റായി ഊതു വരതുകൾ ഇതി ണം വൻസൊക്കെ പനി വൈകിട്ടും മല കോടിച്ചിരിക്കണം വെള്ളം രണ്ട് ആരും തോന്നു അതിന്റെ തണ്ടുകളൊക്കെ എന്താകണം വെള്ളം കുറിച്ചിട്ടുള്ള പദം വരണം ഉണങ്ങാൻ പാടില്ല പച്ച പിടിച്ചിരിക്കണം മൂന്ന് ചേർത്താവല്ല ഇനി എന്ത് അവസാനി ഹരി ആ കൊമ്പുകളിൽ എന്താകണം കാറ്റ് ചരിക്കണം ഈ മൂന്ന് നാല് കാര്യങ്ങൾ ഒത്താലാണ് ഈ നാല് കാര്യങ്ങൾ ഒത്തുകൂടുമ്പോഴാണല്ലോ ഈ ഉറത്തക്കമ്പോ ഈ വിൽക്കാറുണ്ട് ഇരുക്കാൻ വേണ്ടെന്ന് നമ്മളിപ്പോൾ പറയുന്നുണ്ട് ഇരുക്കാതെ എന്ന് പറഞ്ഞാൽ പഴങ്ങൾ വളച്ചു നിൽക്കുന്ന ഈ അവസ്ഥ ഈ മരങ്ങളുണ്ടല്ലോ പോകും കാര്യമായിട്ടെങ്കിലും തോന്നിയത് തന്നെ പച്ചങ്ങി തുടങ്ങി നിൽക്കുന്ന ആ അവസ്ഥ ഉണ്ടാവേ ഈ നാലു കാര്യം ഒത്തുകൂടുമ്പോഴേ ഉള്ളൂ എന്ന് പറഞ്ഞു മാതിരി ഒരു നാലു കാര്യം നമുക്ക് ഒക്കാനുണ്ട് എന്നാലേ എന്താ പോകും ഈ പഴങ്ങളൊക്കെ പുറത്തു വരികയുള്ളൂ ർത്ഥം അതിന്റെ അർത്ഥമ ഈ പറഞ്ഞതിൽ നിന്നെ പിടിച്ച സഖ്യാ സഖ്യ എന്താ സഖ്യ സബ് ചൊരിയുക എന്നാണ് അപ്പൊ ഈ ചൊരിക്കപ്പെട്ടു അനുസരിച്ചാൽ വൻ മഴക്കുമോ വൻ മറു കണ്ണനീരേ മഴ മുതലാതെ പോലെ മരങ്ങൾ അതിന്റെ പഴങ്ങൾ ഇങ്ങനെ വലിച്ചിട്ട് നിങ്ങൾ പിടിച്ച് തൂങ്ങി നിൽക്കുക എന്നർത്ഥം ഒരു മരം ആ മരത്തിൽ എന്ത് അതിന് കാണിക്കാനുള്ള പഴങ്ങൾ ഇങ്ങനെ തോന്നി നിങ്ങൾ നിൽക്കുന്നുണ്ട് അൽക്കഹത്തിൻമാറഹ എന്ന് പറയും ഇൽഖാഹൻ വ്യാഖ്യാനിക്കുന്നു എന്ന് പറയാറുണ്ട് അറബിവാസിൽ نخل الى اي تفنى اي تفنى في اللا فعلنها اللهم ألقها النورنان إذا عملت به اي فعلنها اللهم ألقها النورنان توقيت مكت قانشة للنظرن لقاهي نورن لنظرن لقاهي بفترين كتابن ننظرن كتحابين ويجيك ننظرن تحابين ويتم ون لقاهي نوريتنم فصحيه للنظرن ما يعدك على النخل من طلعن ീട്ടപ്പണന്റെ വലണ്ടാക്കണം ആഗലിയും പങ്കടിയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന പിന്നോ അതിനാണെന്താ പറയേ ലക്കാരു അപ്പൊ വൈന്തഹ എന്ന് പറയും അപ്പം തെറ്റഹ വെടി മഴ പെയ്തു കൊമ്പളക്കം നല്ല വെള്ളം കുടിച്ചിട്ട് പദം വന്നു കാറ്റടിച്ചു കഴിഞ്ഞാൽ ലക്കാ ഇനെ പ്രതിച്ചു ലക്കാ എന്ന് പറഞ്ഞാൽ എന്താ ആങ്കളിയും പങ്കടിയും കൂട്ടിച്ചേർക്കൽ എന്ന പണിയാം അപ്പൊ അങ്ങനെയല്ല നമുക്ക് പ്രതീക്ഷിക്കുന്നത് കാഴുപിടിച്ച് തൂന്നി നിൽക്കുന്ന അവസ്ഥ നമുക്ക് വേണ്ടത് അപ്പൊ ഇരുക്കാഹിനോ പദത്തിന്റെ ചേർന്ന് വെച്ചുകഴിഞ്ഞാൽ അതുകൊണ്ട് വൈ മുനാസിബോ ഇവിടെ പദത്തിൽ മുനാസിബ് ഉള്ളത് പിൻപറ്റ അഞ്ഞ കൂണൽ ഇരു കാറും ഇരുഹംസത്തി ഹംസപ്രകാരം ഇരുക്കാഹനാവേണ്ടതായിരുന്നു എന്നാ പറയും പിന്നെ നമുക്ക് വേണ്ടത് ആന്ധ്രിയും ബംഗളിയും ഒരു കൃഷിക്കാരൻ നമ്മൾ കൂട്ടിച്ചേർക്കും എന്നെല്ലാം അത് വിടേണ്ടത് ആ പഴങ്ങളി മരത്തിലിറങ്ങിയ നമുക്ക് പുറത്തേക്ക് തോന്നി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാമെന്നാണ് വരേണ്ടത് അത് ഇൽക്കാഹനാണ് മദ്യത്തിന് വേണ്ടത് മസ്തരാജ് മസ്തരാജ് കൊണ്ട് വരണ്ട കാക്കാഹെന്നെല്ലാം അതാണ് ഇൽക്കാഹൻ ആന്തർ പഴത്തിലെ തോന്നി പുത്തൻ പണ്ട വൈസുഡ് വേണം മഴ സഹായം ആ കത്തി അതെല്ലാം ഉറുപയാ അതെല്ലാവരും ഒരുമയാവൂ ഒരു മരത്തിലൂടെ കുടിക്കും ആ മരത്തിന്റെ ഉള്ളിൽ അതിന്റെ കായകനികളൊക്കെ ഉള്ളിറങ്ങി ഉള്ളിന് പുറത്തു കിടണമെങ്കിൽ എന്താ വേണ്ടത് മഴ വേണം വേണം പിന്നെ ഇടി ഒഴിക്കണം കാറ്റടിക്കണം എന്ന അങ്ങനെ ഓരോ ഈ നാളി ചപ്പ കുറമാണ് വമ നക്കറു ഊന മുത്തഞ്ചിപ്പുറങ്ങൾ ഇവിടെ പറഞ്ഞു കൊല്ലുകൾ ഒരു ഉപമ അലങ്കാരേഴ് ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതോടനത്തിന്ന് പറഞ്ഞ പൽമുറാകെ തീർന്നു ഔ നു എഴുതിയിരിക്കട്ടെ അതെന്താഹരത്തിൽ ജവാനിയും ശരീരത്തിൽ ഹരിമത്തിനായിക്കൊണ്ടിട്ട് നാഹിര ജവാനി എന്തോ അത്രയാണ് ഏഴെണ്ണം പത്തത്തിൽ കണ്ണിയാണ് രണ്ട് കണ്ണ് പിന്നീപേക്കൊന്നും പറയാനില്ല രണ്ട് കണ്ണ് രണ്ട് കാട് നാവ് മൂന്ന് രണ്ട് കൈ കാല് മത്തനിയും കുറഞ്ഞു ഏഴംഗങ്ങളിൽ കൂടിയാണ് ഇവിടെ ചെറുതോ പുറത്തു വരിക ഉം അതായത് ബസ്സിലാണ്ട് എന്താ ബസ്സിൻ്റെ നോക്കേണ്ടതുണ്ട അപ്പോ കൊത്തിയ പോയിൽ നിന്നാ പിന്നെ നമ്മളൊന്നും ഉണ്ടാവില്ല ഓന് പൊത്താൻ പോപ്പറിയ നിങ്ങളെ പഠിക്കുന്നു ഞാൻ അല്ല അത് കൊത്തങ്ങി ബാക്കി നിറക്കുന്നതി മാറ്റി താങ്ങുന്ന ബസ്സിനല്ലേ അറിയല്ലേ വെഹിക്കലും കാര്യത്തെല്ലാം പിടിക്കണല്ലോ ചിലപ്പോ രണ്ടാം ഉണ്ടാവും അച്ഛന്റെ കുരുടെ മാത്രീ കം പോണം രണ്ടും ഒന്നും തന്നെ പിന്നെ മുത്താഹ് പോലും മുത്താഹ് മാത്രമല്ല മതി തുടക്കാണെങ്കിൽ മുറിച്ചാൽ മുറുകില്ല കൈ നമ്മുടെ നെയ്പാള കൊണ്ട് എടുത്തു വിട്ട് മൂർത്ത് ഉണ്ടാവില്ല ഇത് ബസ്സിൻ കൈ ആകണം അവണ് കഴിയണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞത് ഇതിന്റെ നെയ്പാളെ ചോര കട്ടപ്പിടിക്കൂ കിടിച്ചെങ്കിൽ കവറിഞ്ഞാ കഴിയാ ബസ്സിൻ അതിന്റെ മൂർത്തുണ്ടാവില്ല കൈ കൊണ്ട് ചെയ്യുമ്പോൾ തട്ട തന്നെ മുഴുവില്ല അപ്പൊ ഇത് ചോരച്ചി പാടാ കളഞ്ഞാ അടുത്തേക്ക് മുറിവാകും അപ്പൊ എന്തായാലും അറിയാമോ കത്തിന്റെ മൂർച്ച കൊണ്ട് അപ്പോ കൊറച്ചുവന്നാലും വന്നില്ല അല്ല പിന്നെ കൈകളൊന്നും ചോദിച്ചില്ലല്ലോ കൊറച്ചു വന്നോണ്ട് അതേസത്ത് ചെയ്യുന്നു ഇതുവരെ ചേരി തൊട്ടച്ചു അല്ല തങ്ങളുടെ ഇപ്പൊ കത്തിനെ പോലും ചോദി ഇങ്ങനെ ഇങ്ങനെ കാണാത്തല്ല പെട്ടിന്റെ മറ്റൊരു മുക്തി ചെയ്യാതെ ചോദിപ്പൊന്നും രസാക്കപ്പെട്ട ആൾക്ക് മുസ്ലിം കൊണ്ട് മുസ്ലിം ഇല്ല ഇരിക്കും അതുകൊണ്ട് പ്രശ്നമില്ലാന്ന് അതേ അത്രത്തിരി എനിക്ക് ഈ കൊട്ടല് കൊ നൂറ് കോഴിയുണ്ടെങ്കിൽ എല്ലാവരും അത് ആ ശരീരത്തിന്റെ അഭിമുഖത് പോലെ കസടത്ത് ദിക്കുന്നത് പോലെ സലാർത്ഥ പോലെ സിഞ്ഞാമ പോലെ സഹത് സരലാ ഓക്കെ نوع متقبل را دارید حالامی مجاهده الحص اسياي مجاهده رانتي ذكريتان و جبر و عاكر و نصل و و و كذا اذكري و ذكر ابذكري و وسط و مزلا اذن لم يتم فكري و و ذكروا انه സ്വത്ത് ധിക്കുറല്ലാത്ത ഭാഷ എല്ലാ കാലങ്ങളും സ്വത്ത് അപ്പോ ഏത് വന്ന് കലാം കുറച്ചു കലാം കുറച്ചു പോലുള്ളൂ ഏതും പോയി അനാമം ഈ ജിഹാബിന് ഈ പറഞ്ഞിരുന്നേ ഏറ്റവും ശക്തീകരണം തന്നെ ഗതിക്കരുത് പരിധി ഉണ്ടാവുമല്ലോ നിസ്കാരത്തിന് മറ്റൊക്കെ ഒരു പെരുതി ഉണ്ടാവും ആ പ്രകൃതിക്ക് അപ്പുറം ചെയ്യാൻ ചെയ്യാം ധിക്കുറാണ് പിന്നെ ദിക്കുന്ന മാരി ആയതെന്ന് എന്തെല്ലാം കാര്യം തന്നെ പെട്ടെന്നു അതുപോലെ അതിന് തടസ്സം വരുന്നെത്തും അതാണ് മുഹൂർ ഓണം എന്ന് പറഞ്ഞത് വലക്കത് സമയത്ത് ശേഖ ശേഖിന് മൗലായൻ നറബി റവിയമ്മെന്നും അല മുത്തഞ്ചീഫിന്റെ ശേഖന്റെ ചേഖാണ് മോലാനറബി ദർക്കാവി അല ഫാസിമാന്റെ ശേഖ അലിനി ഓറ ചേഖ മോലായറബി ദർക്കാവിയാണെന്നും وطلعوا والله كنت متيت 40 سنه مال ولا انا قتلتك